േ സങ്കോക വശി സമഗ്ര സങ്കീർത്ത സ്വാഗീ ലോകസിദ്ധസ്മുക്തിക ശിവരാജാ പുഗോ വന്നേ യാത്മദേ भ्रांति औसत्वाभ्रांति निमित्व लोकसेम आत्मोह दृष्टि बाह्य अष्टि ग्राहिक दृष्टि रुत കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഒന്ന് നിത്യം മറ്റൊന്ന് അനിത്യം ആത്മസ്വരൂപമായ ദൃഷ്ടി അത് നിത്യം ആ ദൃഷ്ടിയെ കുറിച്ചാണ് പറഞ്ഞത് ഉദ്ധൃത ചക്ഷു കണ്ണ് നഷ്ടപ്പെട്ടവനും കാണുന്നു ജാഗ്രത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ അവിടെ കാണുന്ന ഒരു ദൃഷ്ടിയുണ്ട് അതാണ് നിത്യദൃഷ്ടി പിന്നെ ബാഹ്യ അനിത്യദൃഷ്ടി ഈ ശരീരത്തിലിരിക്കുന്ന സ്ഥൂല ശരീരത്തിൽ അനിത്യദൃഷ്ടി ഈ അനിത്യദൃഷ്ടിയുടെ ഗ്രാഹിക നിത്യദൃഷ്ടിയാണ് ത്യദൃഷ്ടി ഇരിക്കുന്നത് കൊണ്ടാണ് ഈ അനിത്യദൃഷ്ടിയിലൂടെ കാണുന്നത് ഇവിടെ സൂക്ഷ്മമായ ചേന്ദ്രിയം സ്ഥൂലമായ ഈ ഗോളകം അതായത് കണ്ണു ക്ഷരേന്ദ്രിയത്തിന്റെ ഇരിപ്പടം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ദർശനം എന്ന് പറയുന്ന അനുഭവത്തിൽ ഉണ്ടാക്കുന്നത് ജാഗ്രത്തിൽ പക്ഷെ ഇതുണ്ടാകണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ചൈതന്യം വീണ് ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നു ദർശനാനുഭവത്തെ ഉണ്ടാകുന്ന ചൈതന്യം അതാണ് നിത്യദൃഷ്ടി അതാണ് നിത്യാത്മനോ ദൃഷ്ടിഹി ബാഹ്യ അനിത്യദൃഷ്ടിഹി ഗ്രാഹിക്ക അതാണ് ഈ അനിത്യമായ നശിക്കുന്ന ബാഹ്യദൃഷ്ടിയുടെ ദൃഷ്ടിയെ ഗ്രഹിപ്പിക്കുന്നത് ഉപജന അപായാദി അനിത്യധർമ്മ ബാഹ്യദൃഷ്ടി എന്താണ് അതിന് ഉപജനം അപായം എല്ലാം ഉണ്ട് അതിന് ദൃഷ്ടം പറഞ്ഞു തിമിരം തിപ്പുരമ്പാദിപ്പിക്കുമ്പോ എന്ത് വരുന്നു അതിന് അപായം വരുന്നു തിമിരം നീക്കുമ്പോൾ അതിന് ഉപജനം ജന്മം വരുന്നു എല്ലാം ബാഹ്യദൃഷ്ടി സംഭവിക്കുന്നു അനിത്യധർമ്മത്വാ അതുകൊണ്ട് തദ്ഗ്രാഹികായ ആത്മദൃഷ്ടേ തദ്വഭാസത്വം തിമിരം ബാധിക്കുന്നുവെന്നാണ് പറയുന്നത് എനിക്ക് കാഴ്ചയില്ല അത് നീക്കുമ്പോൾ എന്ത് പറയുന്നു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടി അയാളെ സംബന്ധിച്ച് രണ്ട് കണ്ണില്ല ഒന്നേ ഉള്ളു ബാഹ്യദൃഷ്ടി ആന്തരിക ദൃഷ്ടി അങ്ങനെ രണ്ടില്ലേ ഒന്നേയുള്ളൂ ഏത് ദൃഷ്ടി കൊണ്ടാണോ താൻ കാണുന്നത് അതിലാണ് പറയുന്നത് ലോക അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്താണോ നഷ്ടപ്പെട്ടുപോയി വീണ്ടു കിട്ടി അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അത് ഭ്രാന്തി പരമാർത്ഥത്തിലൊരു ദൃഷ്ടിയുള്ളൂ അതിൽ നഷ്ടവും ഉപജനവും ഒന്നുമില്ല അത് കണ്ണു കാഴ്ചയില്ലാതാകുന്നില്ല കാഴ്ച വീണ്ടും കിട്ടുന്നില്ല അങ്ങനെ ഒന്നും സംഭവിക്കുന്നു എന്നാൽ അതിൽ തന്നെയാണ് ഇതെല്ലാം ആരോപിക്കുന്നത് നിത്യദൃ നിത്യദൃഷ്ടി ദർശന രൂപത്തിലുള്ള ജ്ഞാനം സ്വയം പ്രകാശിക്കുന്ന ജ്ഞാനം ഈ ബാഹ്യദൃഷ്ടിയെ ആശ്രയിക്കാതെ തന്നെ നിർത്തുന്നു ആ ബോധം അതിലാരോപിക്കുകയാണ് ഇപ്പ കാഴ്ച ഉണ്ടായി ഇപ്പൊ കാഴ്ച നഷ്ടപ്പെട്ടു ദർശനം എന്ന അനുഭവം ഉണ്ടായിശനം എന്ന അനുഭവമില്ല എന്നിങ്ങനെ ആരോപിക്കുകയാണ് എന്തുകൊണ്ട് അനിത്യധർമ്മത്വ ബാഹ്യദൃഷ്ടിയിൽ ഈ അനിത്യധർമ്മമുണ്ട് അത് കാഴ്ച വരുന്നു പോകുന്നു തദ്ഗ്രാഹികായ ആത്മദൃഷ്ടെ അനുഗ്രഹിപ്പിക്കുന്ന ആത്മദൃഷ്ടി ശ്രോത്ര ശ്രോത്രം മനസ്സോ മനോയത്വം വാചോഹവാചം ചക്ഷു ഷക്ഷു എന്നെല്ലാം പറഞ്ഞാണ് ആത്മദൃഷ്ടി തദ്വഭാസത്വം ഇത് വേർതിരിച്ചറിയാൻ വയ്യ ലോകസ്യ ജീവന്മാരിൽ എന്ത് ചെയ്യുന്നു അവർക്കൊരു ദൃഷ്ടിയേ ഉള്ളൂ താൻ കാണുന്ന കണ്ണ് ഇതിന്റെ പിന്നിലുള്ള വാസ്തവദൃഷ്ടി അറിയുന്നില്ല ആത്മദൃഷ്ടി അറിയില്ല അതുകൊണ്ട് പറയുന്ന എന്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു വീണ്ടും കിട്ടി ഇത് ആത്മദൃഷ്ടെ തദ്വത് അഭാസത്വം ഈ ബാഹ്യമായ നഷ്ടമാകുന്ന ദൃഷ്ടിയെ പോലെ അനുഭവപ്പെടുന്നു അനിത്യത്വാദിഭ്രാന്തി നിമിത്തം അവൻ കരുതുന്ന എന്താണ് എനിക്ക് കാഴ്ച വീണ്ടുകിട്ടി നഷ്ടപ്പെട്ടു കാഴ്ച അനിത്യമാണെന്ന് കരുതുന്നു ഇതെല്ലാം ഭ്രമമാണ് ലോകസീതിയുക്തം അതുകൊണ്ട് എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പരസ്പര വിരുദ്ധമായി പറഞ്ഞിരിക്കുന്നു ശ്രോത അമന്ത വിജ്ഞാത എന്ന് പറഞ്ഞു അടുത്തു പറഞ്ഞിരിക്കുന്നു എന്താണോ അവിജ്ഞാത അമന്ത എന്നും പറഞ്ഞു ഈ വൈരുദ്ധ്യം ആണല്ലോ കാണുന്നത് ശ്രുതിയുടെ വാക്സാർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് വിരുദ്ധമാണ് വിരുദ്ധാർത്ഥ ബോധകത്വനുപാതയും വിരുദ്ധമായ അർത്ഥത്തെ ബോധിപ്പിച്ചാൽ ഇത് സ്വീകാര്യമല്ല ഇത് ശ്രുതി ഉപേക്ഷിക്കേണ്ടി വരും അതിന് സമാനം പറഞ്ഞെന്താണ് അത് പ്രതീയമാനമായ അർത്ഥമാണ് പ്രതീതമാകുന്ന അവിടെ നിന്നാൽ വൈരുദ്ധ്യം എന്ന് പറഞ്ഞ് അതിനുപേക്ഷിക്കേണ്ടി വരും വഴി കോംവഴി പറഞ്ഞു വിവക്ഷിതമായ അർത്ഥത്തെ വിവക്ഷിതമായ അർത്ഥം ഇതാണ് ആ വിവക്ഷിതമായ അർത്ഥത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് സ്വീകരിച്ചില്ലെങ്കിലോ ഒരാൾ പറയണ അത് നിങ്ങൾക്ക് വിവക്ഷിതമായ അർത്ഥം എനിക്കിത് സമ്മതമല്ലെന്ന് പറഞ്ഞാലോ ആ പറയുന്ന വിരോധം നിലനിൽക്കും ശ്രുതിയിൽ വൈരുദ്ധ്യം വരെ ശ്രുതി ഉപേക്ഷിക്കേണ്ടി വരും വാസ്തികനാണോ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ അതിൽ വരുന്ന ദോഷത്തെ പരിഹരിച്ചേ പറ്റും അപ്പോൾ വിപൂക്ഷിതമായ അർത്ഥത്തെ തന്നെ എടുക്കണം അപ്പൊ ഏതായിരിക്കും അപ്പൊ വിപീക്ഷിതമായ അർത്ഥം ആ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നത് വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നതിന ഇതല്ലാതെ വേറൊരു പോകുമ്പഴിയില്ല അതിന് അദ്വൈതല്ലാതെ വേറെ പോകുമ്പഴേയില്ല ഇവിടെ എല്ലാം വിശ്രമയിൽ വൈരുദ്ധ്യം വരുന്നു പറയുന്നു തതേജതി തന്നേജതി തദ്ൂര് തദ്വാന്തിക ഇവിടെയെല്ലാം വൈരുദ്ധ്യമുണ്ട് വൈരുദ്ധ്യത്തെ അദ്വൈത തത്വാനും കൊണ്ടേ പരിഹരിക്കാൻ പറ്റും അതുകൊണ്ട് ഭാഷകാരം പറയുന്നു ഇതാണ് അതിന്റെ വിവക്ഷിതമായ താല്പര്യം അല്ലെങ്കിൽ ശ്രുതി നിരർത്ഥകമാണെന്ന് വരും അതാണ് ഇതിയുക്തം ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ലോകർ പറയും ജീവന്മാരെല്ലാം പറയും എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു വീണ്ടും കിട്ടി അതെല്ലാം എന്താണ് ഭ്രാന്തി നിമിത്തം അപ്പൊ ഭ്രാന്തി അംഗീകരിക്കാതെ വൈരുദ്ധ്യത്തെ പരിഹരിക്കാൻ സാധ്യമല്ലാല്പര്യം യഥാ ഭ്രമണാദിധർമ്മ അലാതാദി വസ്തു വിഷയദൃഷ്ടിരവിഭ്രമതീവ മറ്റൊരു ദൃഷ്ടാന്തം കാണിക്കുകയാണ് ഭ്രമണാദിധർമ്മ അലാതാദി വസ്തുദൃഷ്ടി അലാദും തീക്കുള്ളി തീക്കുള്ളി ചുഴറ്റുന്നു അതിവേഗത്തിൽ അത് ചുഴറ്റുകയാണ് അപ്പൊ ഒരാൾ അതിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കുന്നു കൃഷി കുറപ്പിക്കുക സ്വാഭാവികമായിട്ടും അതിന്റെ കറക്കമായിരിക്കും ആ ദൃഷ്ടിയിൽ പെട്ടെന്ന് ആ ദൃഷ്ടി മാറ്റി വേറിടത്തേക്ക് നോക്കുക അവിടെ ഇത് കറങ്ങും ദൃഷ്ടി കറങ്ങും വാസ്തവത്തിൽ അവിടെ കറക്കമില്ല പക്ഷെ കറങ്ങുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ദി ഉറപ്പിച്ചിട്ട് പെട്ടെന്ന് ദൃഷ്ടി മാറ്റി കഴിഞ്ഞാൽ വേറെ എന്തിനാണോ അടുത്ത് കാണുന്നത് അത് കറങ്ങാ നിശ്ചലമാണെങ്കിലും അതും കറങ്ങുന്നതായിട്ട് അനുഭവപ്പെടും പ്രസിദ്ധമായ ഉദാഹരണമാണ് വാഹനത്തിലിരിക്കുമ്പോൾ നിശ്ചലമായ വാഹനത്തിരിക്കുമ്പോൾ ചലിക്കുന്ന വാഹനത്തിൽ നോക്കിയതിനു ശേഷം നിശ്ചലമായ വാഹനത്തിൽ നോക്കി അതും ചലിക്കുന്നതായിട്ട് തോന്നും ിലൊക്കെയിരിക്കുമെന്നൊക്കെ അനുഭവമുണ്ട് അതുപോലെ വാസ്തവത്തിൽ ചലനം ഇല്ലെങ്കിലും ദൃഷ്ടി അങ്ങനെ ഒരു ചലനവുമായി പരിചയിച്ചു കഴിഞ്ഞാൽ നിശ്ചലമായാലും ചലനം അനുഭവപ്പെടില്ല അതിനാണിവിടെ അലാധ ചക്രത്തിന്റെ ഉദാഹരണം സാധാരണ കൊടുക്കുന്ന രീതിയിലല്ല ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് സാധാരണ അലാധ ചക്രത്തിന്റെ ഇത് കൊടുക്കുന്നത് ഭ്രമത്തിൽ നിശ്ചലതയുടെ ഭ്രാന്തിക്കാണ് ഇവിടെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഭ്രമണാദി ധർമ്മ അലാദാദി വസൂഷി ദൃഷ്ടിരഭിഭ്രമതി ഭ്രമം ഭ്രമണം ഭ്രമല്ല ഭ്രമണം ഭ്രമണത്തെ കാണുന്ന കണ്ണ് നിശ്ചലമായി ഒന്ന് നോക്കിക്കഴിഞ്ഞാലും അവിടെയും വീണ്ടും ഭ്രമണം അനുഭവപ്പെടും സംഭവിക്കും അപ്പോൾ നമ്മൾ സാധാരണ പറയും തല കറങ്ങുന്നു പറയും കറങ്ങുന്ന ബസ്സുകൾ ദൃഷ്ടി ഉറപ്പിച്ചിട്ട് പ്രത്യേകിച്ചും ചിലർക്കത് കൂടുതലാണ് വേഗത്തിൽ ചലിക്കുന്ന ബസ്സുകളിലെല്ലാം കറിക്കഴിഞ്ഞാൽ വന്നാലും കണ്ണിൽ കുറച്ചു സമയം ആ ചലനം കറന്നുകൊണ്ടേരിക്കും പറയും തലകറങ്ങുന്നു അതിനാണ് ഈ ഉദാഹരണം പറയുന്നത് അല്ലെങ്കിൽ ഒരു തൂണില് പിടിച്ചിട്ട് സ്വയം കറങ്ങിയാൽ കുറച്ചു സമയം കഴിഞ്ഞ് പിടിവിടുക ചെറവും കറങ്ങുന്നതായിട്ടുള്ളൂ താനല്ല തന്റെ ചുറ്റും കറങ്ങുന്നതായിട്ടുള്ളൂ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവിടെ പറയുകയാണ് ഇത് ഭ്രാന്തിക ദൃഷ്ടം പറയും ഇതെന്താണ് ദൃഷ്ടിയിൽ വരുന്നതാണ് ദൃഷ്ടിയിൽ വാസ്തവത്തിൽ ദർശനത്തിന്റെ അഭാവമില്ല ദർശനം വേകരൂപത്തിൽ സദാ നിൽക്കും പക്ഷേ ബാഹ്യദൃഷ്ടി അതിൽ ഉപാധികളെ കൊണ്ട് ദർശനം ദർശനാഭാവം എല്ലാം വരുന്നു അതിനെ വാസ്തവികമായ ദൃഷ്ടിയിലേക്ക് ആരോപിച്ചിട്ട് പറയുന്നു ഞാനിപ്പോ കാണുന്നു ഇപ്പൊ കാണുന്നില്ല ഇവിടെ ഉദാഹരണത്തിൽ വേറൊരു ഉദാഹരണം പറഞ്ഞു അയോഗോളം ദഗ്ധഅളം ചുട്ടുപഴുത്ത ലോഹപിണ്ട ചുട്ടുപഴുത്ത ലോഹപിണ്ടത്തിൽ ഗോളം വർത്തുള ആകാരമാണ് ഉരുണ്ട ലോഹകഷ്ണം അത് കൊല്ലം നാലയിൽ വെച്ച് പഴുപ്പിച്ചു അത് പിന്നീട് കാണുന്നത് എന്താണോ അഗ്നിയാണ് അത് കാണുന്നത് അവിടെ അഗ്നി വർത്തുളമായിരിക്കുന്നു വളഞ്ഞിരിക്കുന്നു അഗ്നി അത് വാസ്തവത്തിൽ അഗ്നിയുടെ രൂപമാണ് കാരണം അഗ്നിക്ക് നിശ്ചിതമായ രൂപമില്ല പക്ഷെ ആ അയോഗോളത്തിന് നിശ്ചിതമായ രൂപമുണ്ട് അത് ഉരുണ്ടായിരിക്കുന്നു അത് ഉരുണ്ടിരിക്കുന്നുണ്ട് നിശ്ചിതമായ രൂപമില്ലാത്ത അഗ്നി അയോഗോളത്തിന്റെ രൂപത്തെ കാണും എന്നിട്ട് പറയുന്ന എന്താണോ അഗ്നി ഉരുണ്ടിരിക്കുന്നു വാസ്തവത്തിൽ അവിടെ ഉരുണ്ടിരിക്കുന്ന അഗ്നിയല്ല ആ വസ്തുവാണ് അയോഗോളമാണ് പക്ഷെ അയോഗോളത്തിന്റെ രൂപത്തിൽ അഗ്നി ഇരിക്കുന്നതുകൊണ്ട് പറയുന്നത് എന്താണ് അഗ്നി വർത്തുളമാണ് എന്ന് പറയും അവരുടെ ദൃഷ്ടാന്തത്തിൽ പറയും അപ്പോ ആ വർത്തുളരൂപം എന്ന് പറയുന്നത് അയോഗോളത്തിന്റെ ധർമ്മമാണ് ഇരുമ്പുണ്ടയുടെ ധർമ്മമാണ് പക്ഷെ ആ ധർമ്മത്തെ അഗ്നിയിൽ ആരോപിച്ചിട്ട് അഗ്നി അങ്ങനെയാണെന്ന് പറയുന്നു അത് ശരിയല്ല എന്നുകൊണ്ട് അഗ്നിക്ക് അങ്ങനെ നിശ്ചിതമായ രൂപമല്ല അയഗോളത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ അഗ്നിക്ക് മാറ്റം വരും അത് ഉരുകി ഒലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അഗ്നി ദീർഘരൂപത്തിലാവും നിശ്ചിതമായ ഒരു രൂപം അഗ്നിക്കില്ലെങ്കിലും പറയുന്നു എന്താണ് അഗ്നി ഉരുണ്ടതാണോ എന്ന് പറയും അതെന്താണ് ഒന്നിന്റെ ധർമ്മത്തെ മറ്റൊന്നിലേക്ക് ആരോപിക്കുകയാണ് ആരോപിച്ചിട്ട് ഇതിന്നതാണെന്ന് നിശ്ചയിക്കുന്നു അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് ദൃഷ്ടി നിത്യമാണ് വാസ്തവത്തിൽ ദർശനം നിത്യമാണ് എന്നിരിക്കലും ഇവിടെ ആരോപിക്കുന്നു ഥാജശ്രുതി ലേലായീവ ധ്യാനിക്കുകയല്ല ധ്യാനിക്കുന്നത് പോലെ ലേലായ ഇളകുകയല്ല ഇളകുന്നത് പോലെ ഇത് ഒരു ജീവന്റെ അനുഭവമാണ് വാസ്തവത്തിൽ ജീവന്റെ സ്വരൂപം നിശ്ചലമാണ് ചലനമില്ല നിശ്ചലമാണെങ്കിലും പറയുന്നു ഞാൻ ധ്യാനിക്കുന്നു എന്തുകൊണ്ടാണ് അവൻ ധ്യാനിക്കുന്നത് ജീവൻ ചലനം അനുഭവപ്പെടുന്നുണ്ട് വിക്ഷേപം അനുഭവപ്പെടുന്നത് ിക്കുന്നത് ആഗ്രഹിക്കുന്നതാണോ മനസ്സ് വിക്ഷിപ്തമാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിന് ഏകാഗ്രത എന്നും പറയുന്നില്ല എനിക്ക് ഏകാഗ്രതയാണ് താൻ ഏകാഗ്രത ആഗ്രഹിക്കുന്നു നിശ്ചലതയെ ആഗ്രഹിക്കുന്നു അതിനാണല്ലോ ധ്യാനിക്കുന്നു ഏകാഗ്രത നിശ്ചലത സമാധി ഇതെല്ലാം പ്രതീക്ഷിക്കുന്നു വാസ്തവത്തിൽ തന്റെ സ്വരൂപം എന്താണ് നിശ്ചലമാണ് നിശ്ചലമായ സ്വരൂപത്തിൽ നിശ്ചലതെ ആഗ്രഹിക്കുക തന്റെ സ്വരൂപം തന്നെ എന്താണ് ഏകാഗ്രമാണ് അതിൽ ഏകാഗ്രത ആഗ്രഹിക്കുക ഇതെന്താണ് ഭ്രാന്തിയാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നത് ഇനി ഒരാൾ പറയുന്നു എന്താണോ ഭിക്ഷിപ്തമാണ് ഭിക്ഷിപ്തമായിരിക്കുന്നു പറയുന്നു മനസ്സ് വിക്ഷിപ്തമായിരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നതാണ് ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു സ്വസ്ഥതയില്ല തന്റെ സ്വരൂപം എന്താണ് സ്വസ്ഥമാണ് സ്വസ്ഥമായ തന്റെ സ്വരൂപത്തിൽ എന്ത് ആദ്യം അസ്വസ്ഥതയെ ആരോപിക്കുന്നു വിക്ഷേപത്തെ ആരോപിക്കുന്നു എന്നിട്ട് പറയുന്ന എന്താണ് വിക്ഷിപ്തമായിരിക്കുന്നു വിക്ഷേപത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഏകാഗ്രതയ്ക്ക് ശ്രമിക്കുന്നു ഇത് ഭ്രാന്തമായ അനുഭവമാണ് വാസ്തവമല്ല പിന്നെന്താണ് കരണങ്ങളിലുണ്ട് ചലനം ശരീരത്തില് മനസ്സിൽ ഉള്ള ചലനങ്ങളെ ആദ്യം എന്തെയെന്ന് തന്നിലേക്ക് ആരോപിക്കുന്നു ഇതൊക്കെ തന്റേതാണെന്ന് കരു അടിസ്ഥാനപരമായ എന്താണ് ഇത് ഭ്രാന്തിയാണ് വിക്ഷേപവും ധ്യാനവും രണ്ടും ഭ്രാന്തിയാണ് ഭ്രമമുള്ളവനെ ഇതൊള്ളു ഭ്രമില്ലാത്തവന് ഇതില്ല എന്തുകൊണ്ട് വിക്ഷേപം ശരീരത്തിനുണ്ടാവാം മനസ്സിനുണ്ടാവാം കർണങ്ങളിലെല്ലാം വിക്ഷേപമുണ്ടാകും ആദ്യം നന്ത്യെന്നും ഇതിനോടെല്ലാം താതമ്യപ്പെടുന്നു എന്നിട്ട് പറയുന്ന എന്താണ് താൻ അസ്വസ്ഥനാണ് തനിക്ക് സ്വാസ്ഥ്യവുമില്ല തുടക്കവിടെ നിന്നു ഈ താതാത്മ്യത്തിൽ നിന്നാണ് ഈ അധ്യാസത്തിൽ നിന്നാണ് ഇളകുന്നില്ലെങ്കിലും ഇളകുന്നത് പോലെ വാസ്തവത്തി ഇളകുന്നില്ല പക്ഷേ ഈ അനുഭവമുണ്ട് തന്റെ അനുഭവത്തിൽ എന്താണ് ഇളകുന്നു മനസ്സിളകുന്നു അതിന്റെ വാസ്തവം പറയാണ് ഇളകുന്നില്ല ഇളകുന്നത് പോലെ എന്നിട്ടെന്ത് ചെയ്യുന്നു അടുത്ത പരിപാടിയാണ് ഇളകുന്ന മനസ്സിനെ ഉറപ്പിക്കുക തനിക്ക് ഏകാഗ്രമാണ് സമാധി പിന്നെ അത് ആഗ്രഹിക്കുന്നു സമാധി എന്ന് പറയുമ്പോൾ എന്താണ് പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥ അതല്ലേ സമാധി തന്റെ സ്വരൂപം എന്താണ് പൂർണ്ണമായും നിശ്ചലമാണ്വ ധ്യാനിക്കുന്നത് പോലെ ഭ്രാന്തിയാണ് സമാധി പ്രാപിച്ചതുപോലെ സമാധിതമാത്മാ ഗീതാ ഭാഷ അതാണ് വാസ്തവത്തിലുള്ള സമാധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ് എന്തുകൊണ്ട് അത് മാത്രമേ വാസ്തവത്തിൽ സമാധിയാകുന്നുള്ളൂ പക്ഷേ ഭ്രാന്തി നിലനിൽക്കുമ്പോൾ ലേലായ തീവ മനസ്സിളകുന്നു എന്നറിയുമ്പോൾ അതിന്റെ പരിഹാരത്തിനായി മനസ്സിനെ അകാഗ്രപ്പെടുത്താൻ ശ്രമിക്കുന്നു ധ്യാനിക്കുന്നു ധ്യായീവ അവിടെയും അതും ഭ്രാന്തിയാണ് അടിസ്ഥാനപരമായി ഈ ഭ്രാന്തി നിലനിൽക്കുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന ഭ്രാന്തികളാണ് ഉടനെ അതിന്റെ തത്വത്തെക്കുറിച്ച് ഇവിടെ പറയണം അത് തെറ്റിദ്ധരിക്കരുത് ധ്യാനിക്കണോ വേണ്ടെന്നുള്ള കാര്യം ഇവിടെ പറയുന്നു മനസ്സ് വിക്ഷിപ്തമാണെന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഏകാഗ്രമാക്കാതെ അഭ്യാസം ചെയ്യണം അത് ആവശ്യമില്ലാത്തതാണ് എന്നല്ല ഇവിടെ പറയുന്നു എന്തുകൊണ്ട് അത് ഒരാൾ അതിനാവശ്യമുള്ളതാക്കി തീർത്തു പിന്നെ അധ്യാസം താതാത്മ്യം സംഭവിച്ചു ഇതിനോടെല്ലാം താതക്യപ്പെട്ടു കഴിഞ്ഞു താജ്മപ്പെട്ടു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നു ഇതിന്റെ ശാന്തി സമാധാനം സ്വസ്ഥത അതാണ് തന്റെ സ്വരൂപം എന്ന് അറിയാൻ കഴിയുന്നില്ല അപ്പോ ഈ വിക്ഷേപത്തിനൊരു പരിഹാരം എന്താണ് ധ്യാനം അതാണ് യോഗശാസ്ത്രവും മറ്റും പറയുന്നു അപ്പോ ഭ്രാന്തി നിന്നുകൊണ്ട് ഈ ഭ്രാന്തമായ വിക്ഷേപത്തെ അനുഭവിക്കുമ്പോൾ അതുപോലെ തന്നെ അതിനൊരു പരിഹാരം രോഗത്തിന് പരിഹാരം മരുന്നെന്നതുപോലെ ഈ ഭ്രാന്തമായ വിക്ഷേപത്തിന് പരിഹാരമാണ് ഭ്രാന്തമായ സമാധി അവിടെ അടിസ്ഥാനപരമായി സംഭവിച്ചു കഴിഞ്ഞു ദൃഷ്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ ദൃഷ്ടിയിൽ ഉപജനാഭായങ്ങളൊന്നുമില്ല പക്ഷേ കണ്ണ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചികിത്സിച്ചല്ലേ പറ്റൂ കണ്ണാടി വെച്ചാലേ പറ്റൂ ഇത് ഭ്രാന്തി കണ്ണാടി വേണ്ടെന്ന് പറയാൻ പറ്റൂ പറ്റുന്നില്ലല്ലോ അതിന് കണ്ണാടിയേ പറ്റൂ തിമിരം വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയയെ പറ്റൂ അതിന് വേറെ അപ്പോൾ വ്യാവഹാരികമായി അതങ്ങനെ തന്നെയാണ് രോഗവും പ്രതിവിധിയും പോലെയാണ് വ്യാവഹാരികമായി ഒരുവന് നിക്ഷേപം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ധ്യാനം പരിശീലിച്ചിട്ട് സമാധിപ്രാപിക്കാം പക്ഷെ തത്വദൃഷ്ടിയിൽ തത്വജ്ഞനെ സംബന്ധിച്ച് ഇതൊക്കെ ഭ്രാന്ത അജ്ഞനെ സംബന്ധിച്ച് ഇതെല്ലാം അപ്പൊ അതിന്റെ തത്വത്തെ പറയുകയാണ് അധ്യായ ദീപ ലേലായ ദീപ മനസ്സിന്റെ കാര്യം പറയുന്നത് നമ്മുടെ അനുഭവം മനസ്സ് ചലിക്കുന്നു എന്നല്ല താൻ ചലിക്കുന്നു എന്നാണ് അങ്ങനെയാലും പറയാറില്ല പറഞ്ഞാലും എന്റെ താൽപ്പര്യം അതാണ് മനസ്സ് അസ്വസ്ഥമാകുന്നു എന്ന് പറഞ്ഞാ ഞാൻ അസ്വസ്ഥൻ എന്റെ മനസ്സ് ദുഃഖിക്കുന്നല്ല എന്ന് പറഞ്ഞാൽ തന്നെ താല്പര്യം എന്താണ് ഞാൻ ദുഃഖിക്കുന്നു മനസ്സിന് സന്തോഷമെന്ന് പറഞ്ഞാൽ എന്താണ് താൻ സന്തുഷ്ടനാണ് മനസ്സിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ സ്വസ്ഥനാണ് അപ്പൊ അവിടെയെല്ലാം വരുന്ന എവിടെയാണ് തന്നെ തന്റെ സ്വരൂപത്തിൽ തന്നെ സ്വരൂപത്തിൽ ഇതെല്ലാം ആരോപിക്കുന്നു ഈ വൈരുദ്ധ്യങ്ങളെ ദ്വന്ദ്ങ്ങളെ ആരോപിക്കുന്നു യുദ്ധവും സമാധാനവും രണ്ടും മനസ്സിലാണ് പറയുന്നുണ്ട് തഥാച ശ്രുതി അതുകൊണ്ട് ശ്രുതി വ്യക്തമാക്കുകയാണ് ഇത് രണ്ട് ഇവ പോലെയാണ് പറഞ്ഞു വാസ്തവല്ല വാസ്തവത്തെ അറിഞ്ഞവനോ പറഞ്ഞു ദ്വന്ദ്വാതീതോ വിമത്സര അവൻ ദ്വന്ദ്വാതീതനാണ് പരമാർത്ഥത്തെ ബോധിച്ചവൻ അവനെ സംബന്ധിച്ച് വിക്ഷേപവും ഇല്ല സമാധിയില്ല രണ്ടുമില്ല അവൻ എന്താണ് നിത്യ ആത്മദൃഷ്ടി നിത്യ ആത്മദൃഷ്ടിയിൽ ഇത് രണ്ടുമില്ല തസ്മാത് ആത്മദൃഷ്ടേ നിത്യത്വ എന്നാണ് പറയുന്നത് കൊണ്ട് ആത്മദൃഷ്ടി നിത്യമാണ് തത്വബോധം എന്ന് പറയുന്നത് ആ ആത്മദൃഷ്ടിയെ കുറിച്ചുള്ള ബോധമാണ് ആത്മദൃഷ്ടി എന്ന് പറയുന്നതാണ് സ്വസ്വരൂപം തന്നെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം എങ്ങനെ നേതി നേതി എന്ന യോഗപദ്യം അ യോഗപദ്യം അസ്ഥി അവിടെ രണ്ടുമില്ല യുഗപദ്ജ്ഞാനമുണ്ടാകുന്നു അല്ലെങ്കിൽ ഏകകാലത്തിൽ ജ്ഞാനമുണ്ടാകുന്നു നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ശ്രോതാവായിരിക്കുന്നു മന്ദാവായിരിക്കുന്നില്ല അല്ല ഇത് ഒരേ കാലം സംഭവിക്കുന്നു ഈ വിക്ഷേപങ്ങളൊന്നും നിത്യമായ അർവദൃഷ്ടിയിലില്ല ഇനി മറുവശത്ത് ഉണ്ടായാൽ അതൊട്ടും അതിനെ ബാധിക്കുന്നു ബാധിക്കുന്നു തോന്നുന്നത് കേവലം ഭ്രാന്തി മാത്രം കർമ്മേഘങ്ങൾ സൂര്യനെ മറയ്ക്കുന്നു തോന്നുന്ന എന്താണ് സൂര്യനെ വാസ്തവത്തിൽ മറയ്ക്കുന്നില്ല സൂര്യനെ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ സൂര്യന്റെ പ്രകാശത്തെ കെടുത്തൽ അതാണ് എന്റെ വാസ്തവത്തിലുള്ള മറം ആ പ്രകാശത്തെ കെടുത്തിയതായിട്ടാണ് നമ്മുടെ അനുഭവം കാരണം പ്രകാശം കാണുന്നില്ല ദൃഷ്ടിക്കും സൂര്യന് വന്നു പ്രകാശം പോയി അന്ധകാരമായി അനുഭവം ഭ്രാന്തം എന്തുകൊണ്ട് സൂര്യന്റെ പ്രകാശത്തെ കിടത്താൻ മേഘത്തിന് ശക്തിയില്ല അതുപോലെ ഈ ഭ്രാന്തമായ അനുഭവങ്ങൾ തത്വത്തെ ബാധിക്കുന്നില്ല നിത്യാത്മദൃഷ്ടിയിൽ ഇത് രണ്ടുമില്ല വിക്ഷേപവുമില്ല ധ്യാനവും ഇല്ല ഇതാണ് തത്വജ്ഞാനം നേരി നേരി നിഷേധിക്കുകയാണ് ഇതൊന്നും അവിടെയില്ല ആ നിഷേധത്തിൽ ശേഷിക്കുന്നതെന്താണ് നിത്യാത്മദൃഷ്ടി അത് സദാ അങ്ങനെയാണ് സൂര്യൻ സദാ ഏകരൂപത്തിൽ പ്രകാശിക്കുന്നു ഏറ്റക്കുറച്ചിലില്ല വിളിവ് മറവ് അങ്ങനെയുള്ളവരേറ്റുറച്ചിലവിടെയില്ല പക്ഷെ കാണുന്നവനെന്ത് ചെയ്യുന്നു പ്രത്യക്ഷപ്പെടുന്നു മറയുന്നു അത് കാഴ്ചയുടെ ദോഷമാണ് ഇതെല്ലാം സ്വസ്ഥത അസ്വസ്ഥത മനസ്സിന്റെ ഏകാഗ്രതാ വിക്ഷേപം ഇതെല്ലാം എന്താണോ ഔപാധികം ബാഹ്യ അനിത്യദൃഷ്ടി ഉപാധിവശാത്തു ലോകസ്യ കണ്ണിന്റെ കാഴ്ച പോലെ ബാഹ്യമായ അനിത്യദൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ ഗോളകം ആ ഗോളകത്തെ ആശ്രയിച്ചുള്ള പ്രാണസഞ്ചാരം അതിൽ വരുന്ന ദോഷങ്ങൾ തിമിരം അതിൽ വരുന്ന ഗുണം തിമിരത്തെ മാറ്റുക ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണോ നിത്യമായ ദൃഷ്ടിയിൽ അനിത്യത്വഭ്രാന്തി ഉണ്ടാകുന്നു ഞാൻ അറിയുന്നു അറിയുന്നില്ല എന്നുള്ള ഭ്രാന്തി ഉണ്ടാകുന്നു അതുപോലെ തന്നെ ആത്മദൃഷ്ടിയിലും അതേക രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ കൽപ്പിക്കുന്നു ഇത്രയ ആത്മാനഹ അതിന് സമാനം പറഞ്ഞു വരികയാണ് നിർഗുണം സഗുണം എല്ലാം കല്പനയാണെന്ന് പറയും നിർഗുണമെന്ന് പറയുന്നതിന് വേണ്ടി സഗുണത്തെ നിഷേധിക്കാൻ വേണ്ടിയാണല്ല നിർഗുണമെന്ന് പറയുന്ന ഒരു ഗുണം അവിടെയില്ല നമ്മൾ ധരിക്കുന്നതുപോലെ അങ്ങനെ ഒന്നിനെ സമർത്ഥിക്കുകയല്ല നിർഗുണമെന്ന് പറയുന്ന ഒരു ധർമ്മമോ നിർഗുണമെന്ന് പറയുന്നൊരവസ്ഥയോ അങ്ങനൊന്നില്ല പക്ഷെ സഗുണത്തെ നിഷേധിക്കാൻ വേണ്ടി നിർഗുണമെന്ന് പറയുന്നു നിർഗുണമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും അബദ്ധ ഭാവന നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ കാലദേശങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെയും നിഷേധിക്കും ആ നിർഗുണമല്ല എന്ന് പറയുന്നതിലും ദോഷമില്ല എന്തുകൊണ്ട് അത് സർവകല്പനാശൂന്യം നിർഗുണമെന്ന് പറയുന്ന ഒരു കല്പനയാണ് അപ്പൊ അതിനെ നിഷേധിക്കേണ്ടി വന്നാ എന്ത് പറയും സർവകല്പനാശ അത് മനസ്സിനപ്പുറമാണെന്ന് പറയും അപ്പൊ പിന്നെ എങ്ങനെ നിർഗുണകല്പന വരും പിന്നെ ഇതെല്ലാം സംഭവിക്കുന്ന എന്തുകൊണ്ട് ഉപാധിവസാ ഉപാധികളെ കൊണ്ട് ശരീര ഇന്ദ്രിയ മനസ് അന്ന് ഉപാധികളെ കൊണ്ട് ഇതെല്ലാം കൽപ്പിക്കേണ്ടി വരുന്നു തർക്കി കാണാൻ വച്ച ആഗമസമ്പ്രദായ വർജിതത്വ അനിത്യാ മനോദിഷ്ടി തർക്കികന്മാരും അവർക്ക് ആഗമസമ്പ്രദായത്തെ അവർക്കറിയത്തില്ല അതാ ദോഷം അവരുടെ ഒരു ആചാര്യനുണ്ടായിരുന്നു ഗൗതമൻ ആ ഗൗതമൻ പറഞ്ഞത് അവർ കുറെയൊക്കെ മനസ്സിലാക്കി കുറേയൊക്കെ തെറ്റിദ്ധരിച്ചു ആ സമ്പ്രദായത്തെയാണ് സ്വീകരിച്ചത് ശ്രുതിയുടെ സമ്പ്രദായത്തെ അവർ സ്വീകരിച്ചില്ല ശ്രുതിയുടെ സമ്പ്രദായം ഇതാണ് ഓരോരുത്തർക്കും ഈ സമ്പ്രദായത്തെ അവകാശപ്പെട്ടൂടെ എന്നാ ഞാനെന്ത് ചെയ്യും ഏതാണ് ശരിയായ സമ്പ്രദായം എങ്ങനെ അറിയും അഗമസമ്പ്രദായം ഇല്ലാന്ന് പറയുന്നവര് ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുകയാണ് എവിടെയാണോ തത്വത്തിൽ നിശ്ചയം വരുന്നത് എവിടെയാണോ തത്വത്തിൽ വ്യക്തത വരുന്നത് എവിടെയാണോ ഈ ഇത്തരം വൈരുദ്ധ്യങ്ങളെയെല്ലാം നിഷേധിക്കാൻ കഴിയുന്നത് അതിനെ സമ്പ്രദമായി സ്വീകരിക്കുക ഒരാൾ പറയുന്നത് അതെനിക്ക് ബോധിക്കുന്നില്ലല്ലോ നിങ്ങൾ പറയുന്ന ഇവിടെ വൈരുദ്ധ്യമൊക്കെ പരിഹരിച്ചു എനിക്ക് ബോധിക്കുന്നില്ലല്ലോ എന്നൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ പറയുന്നു അടുത്ത ഭാഷകാരം പറയും ഇത് മൂഢനെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല അങ്ങനെ ഒരു ഉദ്ദേശാസ്ത്രത്തിനെല്ലാം മൂഢനെ ഇത് ബോധിപ്പിക്കാമെന്നുള്ള കാര്യം വേറെ പണി നോക്കുക ആഗമസമ്പ്രദായം ഇതാണ് ബോധിപ്പിക്കുന്നത് ഇത് ബോധിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത യോഗ്യതയില്ലാത്തവൻ മറ്റെന്തെങ്കിലും ബോധിക്കും അത് ശ്രുതിയുടെ തകരാറില്ല ശ്രുതിന്റെ താല്പര്യം ഇതിലാണ് അപ്പോ നിങ്ങള് ബുദ്ധിയുള്ള ആളും ഞങ്ങളൊക്കെ മണ്ടന്മാരും എന്നാണോ പറയുന്നത് ഒരു സംശയവും വേണ്ട അത് തന്നെ പറയുന്നു സ്വയം തന്നെ പറയുകയാണല്ലോ എനിക്ക് ബോധിക്കുന്നില്ല എന്ന് പറഞ്ഞ മണ്ടനാണ് എനിക്ക് ബോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബോധമുണ്ടെന്ന് തന്നെ എന്റെ അർത്ഥം അതാണ് ആഗമസമ്പ്രദായ വർജിതത്വ അനിത്യ ആത്മനോദിഷ്ടി ഇതിഭ്രാന്തി ഉപപന്നായവ ഈ ഭ്രാന്തിക്ക് ഈ മൂഢതയ്ക്ക് അതിന് യുക്തിയുണ്ട് അതിനീകരിച്ചേ പറ്റും എനിക്കിത് ബോധ്യം വരുന്നില്ല എന്ന് വെച്ചാൽ അതിന് ഒരു ഈ മൂഢതയാണ് മൂഢനെ ബോധിപ്പിക്കണമെന്ന് വാശിയുടെ ഇല്ല നിർബന്ധമില്ല അതിന് ശാസ്ത്രത്തിന് സമയമില്ല മൂഢന അവന് ഇഷ്ടമുള്ള പണികൾ വേറെയുണ്ട് അത് ചെയ്തിട്ട് അതിനുവേണ്ടിയല്ല ഇത് അവനെ സംബന്ധിച്ചിടത്തോളം എന്താവസ്ഥ ഭ്രാന്തിഹി ഭ്രാന്തിയിലാണ് അങ്ങനെയുണ്ട് രോഗങ്ങൾ ചികിത്സിച്ചാൽ മാറുന്ന രോഗങ്ങളുണ്ട് ആ ചികിത്സ ചികിത്സിച്ചാൽ മാറാത്ത രോഗങ്ങളും ഉണ്ട് അസാധ്യം അതിനെയും ചികിത്സിച്ചു മാറ്റുമെന്നുള്ള വാശി വൈദ്യശാസ്ത്രത്തിലില്ല അങ്ങ് ഉപേക്ഷിച്ചിരിക്കുകയാണ് അത് ചികിത്സിച്ചാൽ മാറത്തില്ല മാറ്റിവച്ചിരിക്കാണ് വാശി പിടിച്ചിട്ട് കാര്യ അതുപോലെ മൂഢബുദ്ധിയെ ഇത് ബോധിപ്പിക്കണമെന്ന് നിർബന്ധമില്ല അത് മുടബുദ്ധി വീണ്ടും കുത്തർക്കങ്ങളിൽ വരും അതുമായിട്ട് മുമ്പോട്ട് പോകാനേ ഇവിടെ എന്താണോ ബുദ്ധിയുള്ളവനെ സംബന്ധിച്ച് ഇവിടെ തത്വത്തിൽ വ്യക്തത വരും അവനെ വരത്തുള്ളൂ ബുദ്ധിയുള്ളവന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപദേശം ബുദ്ധിയില്ലാത്തവന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടല്ല ബുദ്ധി ഇതില്ലാത്തവൻ രക്ഷയില്ലേ അവന്റെ രക്ഷയ്ക്കു തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും എല്ലാവർക്കും രക്ഷയുണ്ട് അവരവർക്ക് വേണ്ടി അത് സ്വീകരിക്കും ഈ ഭ്രാന്തി നിലനിൽക്കുമ്പോൾ എന്താണ് ജീവ ഈശ്വര പരമാത്മ ഭേദകൽപന സേദനിമിത്തായവ ജീവ ഈശ്വര പരമാത്മഭേദ കൽപ്പനകൾ വിഭ്രാന്തി നിമിത്തമാണോ ഇതിങ്ങനെ നിലനിൽക്കുന്നു ഇതിങ്ങനെ നിലനിൽക്കുന്നുവെന്നാണ് ഇപ്പോ ജീവ ഈശ്വര പരമാത്മഭേദത്തെ കല്പിക്കുന്ന വലിയ വലിയ ആചാര്യന്മാരൊക്കെ അപ്പോൾ അതെല്ലാം ഭ്രാന്തി നിമിത്തമാണോ അവർക്കൊക്കെ ഭ്രാന്തിയാണോ എന്ന് വരും അപ്പോ അത് വലുതോ ചെറുതോന്നറിയുന്നത് ബുദ്ധിയുടെ തെളിച്ചമനുസരിച്ചാണ് ബുദ്ധി തെളിഞ്ഞില്ലെങ്കിൽ അത് വെച്ച് തന്നെ മനസ്സിലാക്കാൻ വലുതല്ല എന്നുള്ള കാര്യം ഭ്രാന്തിയിൽ നിന്നും മുക്തരായിട്ടില്ല നിന്നുകൊണ്ട് ജീവേശ്വര പരമാവഭേദത്തെ എത്ര ശക്തമായി എത്ര യുക്തിയുക്തമായി സമ്മർദ്ദിച്ചാലും ശരി അത് ആഭ്രാന്തി അവലംബിച്ചിട്ടാണോ തത്വബോധത്തെ അവലംബിച്ചിട്ടല്ല അതുകൊണ്ട് തഥ അസ് നാസ്തി വിദ്യാഭ്യാസം ചെയ്യാവുന്നു ൂർഭേദ യത്രേകം തദ്വിഷയാർവിശേഷ അസ്തി നാമോയുർഭേദി അനുഭവം അതിൻ്റെ അനുഭവം അതിൻ്റെ പറച്ചിൽ വാങ് മനസ്സുകളുടെ ഭേദങ്ങൾ എത്ര ഏകംഭവന്തി തദ്വിഷയായ നിത്യഹ ദൃഷ്ടേഹി ഇവിടെ എവിടെയാണോ ഏകീഭവിക്കുന്നത് ഇവിടെ എന്താണ് പറയുന്നത് പരമാത്മാവുണ്ട് വേറെ അത് ജീവനല്ല ജീവൻ വേറെ അത് പരമാത്മാവല്ല ഈ രണ്ടുമല്ല ഇതിനപ്പുറം ഒരു നിർഗുണം ഉണ്ട് ഇതാണ് നേരത്തെ കുറവ് ക്ഷിത്രയ ആത്മാനഹ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഈ ഭേദ ഈ കല്പനകൾ എവിടെയാണ് നിൽക്കുന്നത് ഏകമായ ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് ഈ കൽപ്പനകൾ താൻ ഒരുവനല്ലേ കൽപ്പിക്കുന്നത് ഇതല്ല രണ്ടുപേര് ചേർന്നല്ലോ കല്പിക്കുന്നു ആ ഏകത്വം എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണ് തന്റെ സ്വരൂപം ഏകമായിരിക്കന്നെ നാനാത്വത്തെ കൽപ്പിക്കുന്നു ഈ വാക്കും മനസ്സും കൂടി ചേർന്ന് കല്പിക്കുന്നു തദ്വിഷയ നിത്യയായ ദൃഷ്ടേഹേ നിർവിശേഷ അവിടെ ഏകത്വബോധം അതിനു വിഷയമായിരിക്കുന്നത് നിത്യയായ നിർവിശേഷമായ ദൃഷ്ടിയാണ് ആ നിത്യദൃഷ്ടി ആശ്രയിച്ച് ഈ കൽപ്പനകൾ ദർശനം ഉണ്ടായി ദർശനം നശിച്ചു ഇങ്ങനെയുള്ള കൽപ്പനകൾ അതുകൊണ്ട് അസ്ഥിനാസ്തി തുടങ്ങിയ സർവകല്പനകളും ഭ്രാന്തി നിമിത്തമാണ് പറയുന്നു യാവന്തോ വാഗ്ഭേദ നാമവിശേഷ വാക്കുകളോട് ഒരുപാട് പറയും ജീവൻ ഈശ്വരൻ ബ്രഹ്മം അതാണ് വാഗ്ഭേദം നാമവിശേഷങ്ങൾ മനസ്സോ ഭേദ രൂപവിശേഷങ്ങൾ പലതരത്തിൽ കൽപ്പിക്കുന്നു രൂപങ്ങൾ ഏകമായ തത്വത്തിന് തന്നെ പല രൂപങ്ങൾ കൽപ്പിക്കുന്നു രൂപകൽപ്പനകൾ തന്നെ സഗുണം നിർഗുണം സവിശേഷം നിർവിശേഷം ഏകം അനേകം ഇങ്ങനെ രൂപകൽപ്പനകൾ അല്ലെങ്കിൽ ദേവതാരൂപങ്ങൾ ദേവീരൂപങ്ങൾ ഇങ്ങനെയുള്ള കർപ്പനകൾ എത്ര ആത്മന്യേകം ഭവന്തി സർവേ വേദ എത്രഏകം ഭവന്തി ഈ സർവവേദങ്ങളും ഈ സർവ്വ അറിവുകളും എവിടെയാണോ ഏകീഭവിക്കുന്നത് സർവപ്രജ എത്ര ഏകംഭവന്തി ശ്രുതികരണ പറയുന്നതാണ് സർവപ്രജകളും എവിടെയാണോ ഏകമായി തീരുന്നത് അങ്ങനെ ഒരു സ്ഥാനമുണ്ട് സർവപ്രജകളും ഇപ്പം നാനായി അനേകമായി പരസ്പര ഭിന്നമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്ന് പറയുന്നു ഞാനിപ്പോ വായിക്കുന്ന വ്യാഖ്യാനത്തിലാണ് സർവപ്രജ എത്ര ഏകംഭവന്തി സർവപ്രജകളെ എവിടെയാണോ ഏകീഭവിക്കുന്നത് അതെന്താണ് അതാണ് നിത്യായ നിർവിശേഷമായ ദൃഷ്ടി അവിടെ പറയുന്നു ആ ദൃഷ്ടിയിൽ അസ്ഥി ഇത്യാദി കൽപ്പന ആസ്ഥിഗാന അവിടെ ആസ്തികൻ പറയുന്നു അസ്ഥി എന്നിട്ട് അവൻ വിചാരിക്കുന്നു ഞാൻ കേമനാണ് അസ്ഥി നാസ്തി കല്പന ദിഗംബരാണ് ജയനന്മാർഗം മറ്റും സ്യാദ്വാദം അസ്ഥി നാസ്തി എന്നവര് പറയുന്നു സ്യാദ് അസ്ഥി സ്യാദ് അവരുടെ കല്പനയാണ് അന്വേഷണ യഥായത് സാവയവദി കല്പന സാഖ്യന്മാരും വൈശേഷികന്മാരും ഇങ്ങനെ നിരവധി പേര് അതിൽ അസ്ഥിന്ന് തുടങ്ങുന്ന ആസ്തികൻ തുടങ്ങി എന്താണ് ചർവാകൻ സാവയവത്വ കൽപ്പന ചാർവാകൻ ചെയ്യണം അതുള്ള സർവ്വകല്പനകൾ സർവ്വാഭിഭ്രാന്തിനിമിത്തായവ അതുകൂടെ ഈ സർവ്വകൽപ്പനകളും ഭ്രാന്തിനിമിത്തമാണ് സ്വസ്വരൂപം നിത്യദൃഷ്ടി അത് ഈ കൽപ്പനാശൂന്യമാണ് അതാണ് മുമ്പ് പറഞ്ഞത് സർവ്വകല്പനാശൂന്യമാണ് അതിനെ നിഷേധിച്ചിട്ട് ബോധിപ്പിക്കുന്നു അത്രയുള്ളു അല്ല നേരിട്ട് അതിനെ ബോധിപ്പിക്കുകയാണ് അങ്ങനെ ബോധിപ്പിച്ചാൽ അതും ഒരു എങ്ങനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ തത്വമസിയെന്നോ അഹം ബ്രഹ്മാസ്മിന്നോ എങ്ങനെ ബോധിപ്പിച്ചാലും എന്താണ് അത് വാങ് മനസ്സെയോർ ഭേദാഹ വാക്കിന്റെയും മനസ്സിന്റെ ഒക്കെ ഭേദങ്ങളാണ് അതുകൊണ്ട് എങ്ങനെ ബോധിപ്പിക്കുന്നു സർവകല്പനാ അങ്ങനെ ബോധിപ്പിക്കുന്നു അത് തന്നെ വിശദീകരിക്കുന്നു അസ്ഥിനാസ്തി ചിലർ പറയുന്ന എന്താണ് അസ്ഥി നാസ്തി അസ്ഥി എന്ന് പറയുന്നു നാസ്തി എന്ന് പറയുന്നു നാനാ ഗുണവത് അഗുണം ഒരു കൂട്ടർ പറയുന്നു ഗുണങ്ങളോട് കൂടിയതാണ് ഒരാൾ പറയുന്നത് നിർഗുണം അങ്ങനെ ഒരു കൂട്ടർ ക്രിയാവത് അക്രിയം ക്രിയ ഉണ്ടെന്ന് ക്രിയയില്ലെന്ന് ഫലവത് അഫലം ഫലവത്താണ് ഫലമില്ലാത്തതാണ് സബീജം നിർബീജം അങ്ങനെ ഒരു കൂട്ടർ പറയുന്നു സുഖം ദുഃഖം അങ്ങനെ പറയുന്നു മറ്റൊരു കൂട്ടർ മധ്യം ശൂന്യം അശൂന്യം പരഹ അഹം അന്യ പരനാണെന്ന് പറയുന്നു ഞാനാണെന്ന് പറയുന്നു അന്യനാണെന്ന് പറയുന്നു ഇതിവാ സർവവാക് പ്രത്യ അകോചര സ്വരൂപേയ്യോ ഇങ്ങനെ സർവവാക് പ്രത്യ അഗോചരേ സർവവാക്കുകൾക്കും സർവപ്രത്യങ്ങൾക്കും സർവകൽപ്പനകൾക്കും അഗോചരമായിരിക്കുന്ന അവിഷയമായിരിക്കുന്ന ഈ സ്വരൂപത്തിൽ ഈ സ്വരൂപത്തെ തന്നെ സർവവാക്കുകളെ കൊണ്ടും സർവ്വകൽപ്പനകളെ കൊണ്ടും വർണ്ണിക്കുന്നുണ്ട് ആ വർണ്ണനകളാണ് സഗുണം നിർഗുണമെന്നെല്ലാം പറയുന്നു അല്ലാതെ അതെങ്ങനെ നിർഗുണമാകും അത് സഗുണമല്ലേ എന്ന് പറയുമ്പോൾ നിർഗുണമെന്ന് പറയുന്നത് എന്തോ ഒരു വസ്തുവാണ് അതെന്നുള്ള രീതിയിൽ നമ്മളതിനെ ചോദ്യം ചെയ്യും പറയുന്നു സഗുണം എന്ന് പറയുമ്പോൾ എന്ത് കല്പനയാണോ നിങ്ങളുടെ മനസ്സിൽ വന്നത് അതേ കല്പനയെ നിർഗുണമെന്ന് പറയുമ്പോഴും അതേ കൽപ്പനയെ നിഷേധിക്കുകയാണ് കല്പനകളെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അല്ലാതെ ഒരു കല്പനയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതിൻ്റെ തത്പര്യം ഈ പറഞ്ഞ സർവവാക് പ്രത്യ അഗോചര് ഈ പറയുന്ന വാക്കുകൾക്കും അറിവുകൾക്കും അവിഷയമായിരിക്കുന്ന സ്വരൂപേ യോ വികൽപേ ഇങ്ങനെയുള്ള വികല്പനകളെ സൃഷ്ടിക്കുക എങ്ങനെ അസ്ഥി ഗുണവത് സഗുണം അഗുണം നിർഗുണം ജാനാദിന ജാനാദി മീമാംസകരും മറ്റും പറയുന്നതാണ് ക്രിയാവത് അക്രിയം നയായികന്മാരും മറ്റും പറയുന്നതാണ് ഫലവത് അഫലം സബീജം നിർബീജം യോഗിയുടെ മറ്റും പറയുന്നു സുഖം ദുഃഖം ലൗകികന്മാർ പറയും മദ്യം അമധ്യം മറ്റും പറയുന്നു ശൂന്യം അശൂന്യം ബൌദ്ധന്മാർ പറയുന്നു പര അഹം അന്യ പാമരന്മാർ പറയും ഇങ്ങനെ ഓരോ കൂട്ടരോരോന്ന് പറയുകയാണ് ഇതെല്ലാം എന്താണ് വാക്പ്രത്യ അകോവചരെ ഒരു കൽപ്പനകൾക്കും ഇത് വിഷയമല്ല സ്വരൂപയോ വികല്പിച്ചന്തി എന്നിട്ട് വീണ്ടും കല്പനകൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും അവനെന്താ ചെയ്യുന്നത് എങ്ങനെയാണോ നിലത്ത് കിടക്കുന്ന പായ തെറുത്തെടുക്കുന്നത് മടക്കിയെടുക്കുന്നു അതുപോലെ ആകാശത്തെ ചുരുട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചർമ്മവത് ചർമ്മത്തെ ചുരുട്ടിയെടുക്കുന്നു പാഴ്വേലയാണ് ഇവിടെ തത്വബോധം അങ്ങനെയുള്ള ഏതെങ്കിലും കൽപ്പനയെ ദൃഢമാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് സർവകൽപ്പനയും നിഷേധിക്കുക ഇത്രയോ അത് ഉദ്ദേശിക്കുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഈ തത്വത്തിൽ ഉള്ള വൃദ്ധാഭ്യാസം അത് ഏതുപോലെ ആകാശത്തെ ചുരുട്ടിയെടുക്കാൻ ഒരാൾ ശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് ചുരുട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആകാശം വളരെ വിശാലമാണ് പരന്നതാണ് ആകാശം ഒരു പ്രതലമാണെന്നൊക്കെയുള്ള കല്പന അതുകൊണ്ട് വിവേകമില്ലാത്ത ഒരു ബാലൻ ചിലപ്പോ ഇത്രയും വിശാലമായ പ്രതലത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ചുരുട്ടിയെടുക്കാം എന്ന് വിചാരിച്ചു പോകും മൂഢൻ വിവേകമുള്ളവനതിന് ചിന്തിക്കത്തില്ല പക്ഷെ മൂഢൻ ചിന്തിക്കാമല്ലോ അവിവേകിയായൊരു ബാലൻ ചിന്തിക്കാമല്ലോ അതുപോലെയുള്ളൂ ഈ കൽപ്പനകളെ ബ്രഹ്മത്തിൽ ആരോപിക്കുന്ന അല്ലെങ്കിൽ സോപാന വിവ പദ്യമാരോടും കുട്ടികൾ ചിന്തിക്കാറുണ്ട് എന്താണോ എങ്ങനെയാണോ പടിയിൽ കയറി ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ തെങ്ങിന്റെ മുകളിലേക്ക് ആൾക്കാർ കയറിപ്പോകുന്നത് അതുപോലെ ഈ ആകാശത്ത് പടികളിലൂടെ കയറി കയറി കയറി പോയി നക്ഷത്രങ്ങളെ പിടിക്കുക കുട്ടികൾ ഭാവന ഞാൻ പദ്ഭ്യാമാരോടും കാലുകൾ കൊണ്ട് ചവിട്ടി മുകളിലേക്ക് കയറി പോകാമെന്ന് ആ അത് ബാലന്റെ ഭാവനയെക്കുറിച്ച് പറയുകയാണ് കുട്ടിക്കാലത്തെല്ലാവരും ഇതൊക്കെ ഭാവനയും പടിയുണ്ടായിരുന്നെങ്കിൽ ആകാശത്തിലേക്ക് കയറി പോകാൻ കഴിഞ്ഞെങ്കിൽ അമ്പിളി അമ്മാവിനെ പിടിക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു ഇതൊക്കെ എന്താണോ വെറും അവിവേകം അതുപോലെയുള്ളൂ ഇതിനെ സംബന്ധിച്ചുള്ള ഈ കല്പനകൾ എന്ന് പറയുമ്പോൾ അദ്വൈതിയും പറയുന്നില്ല കൽപ്പനകൾ അതീ തത്വത്തെ മനസ്സിലായിക്കൊണ്ടാണ് പറയുന്നത് ആ കല്പനകൾ സത്യം എന്നുള്ള രീതിയിലല്ല വിരുദ്ധമായ കൽപ്പനകളെ നിരാകരിക്കാൻ വേണ്ടി മാത്രം അതിന് മാത്രമേ നേതി നേറ്റി എന്ന് പറയുന്നത് എന്റെ താല്പര്യം അതാണ് അത് എന്തായാലും കൽപ്പനകൾ അംഗീകരിക്കാൻ മതി അനിഷേധിച്ചേ പറ്റൂ അതിന് കർപ്പനകൾ ഉപയോഗിക്കുന്ന അത്രയേ ഉള്ളൂ ജലേ ഖേജ മീനാനം വയസ്സാഞ്ച പതന്ത് ദൃക്ഷത ജലത്തിൽ മത്സ്യങ്ങൾ സഞ്ചരിക്കാറുണ്ടല്ലോ ആ വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഖേ ആകാശത്തിൽ വയസ്സാം പക്ഷികൾ പറക്കാറുണ്ടല്ലോ ആ വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതുപോലെയാണ് ഇതൊക്കെ ആരാ ശ്രമിക്കുന്നതിനൊക്കെ കുട്ടികൾ ശ്രമിക്കും മീന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏതു വഴിയാ പോയത് ആ വഴി അത് നോക്കും അവിടെ എന്തെങ്കിലും അതിൻ്റെ പദചിഹ്നം കാണാനുണ്ടോ പക്ഷികൾ ആകാശത്ത് പറന്നു കഴിഞ്ഞാൽ പോയ വഴി എന്തെങ്കിലും അടയാളം അവിടെ ഉണ്ടോ അതിൻ്റെ പാതചിഹ്നം ഉണ്ടോ എന്തുകൊണ്ട് ഭൂമിയിൽ അതൊക്കെ കാണുന്നുണ്ട് മനുഷ്യ സഞ്ചരിച്ച പാതചിഹ്നം വരും അതുകൊണ്ട് ജലത്തിനും ആകാശത്തിലും മീനുകളുടെയും പക്ഷികളുടെയൊക്കെ പാതചിഹ്നം അത് കാണുമോ എന്ന് ബാലന്മാർ അന്വേഷിക്കുന്നതുപോലെയാണ് എന്താണ് ഈ കല്പനകളിലൂടെ അതാണ് ബ്രഹ്മമെന്ന് ഉറപ്പിക്കുന്നത് തത്വവും കൽപ്പനകൾക്ക് വിഷയമാണെന്ന് കരുതുന്നത് നേതി നേരി ഏതോ വാചോ നിവർത്തന്ത ശ്രദ്ധ എന്തുകൊണ്ട് പറയുന്നു ഇങ്ങനെ അനുശ്രുതി പറയുന്നു നേതി നേരി നിഷേധിക്കുക മാത്രം നിഷേധിച്ചാൽ പിന്നെന്താ ശേഷിക്കുന്നത് അതെന്താണ് കൽപ്പനാശൂന്യം കൽപ്പനാശൂന്യം എന്തുകൊണ്ടോ എന്തുകൊണ്ട് പറയുന്നു യഥോ വാച്ചോ ഒന്ന് കൊടുത്തേ അവിടെ പറയുന്ന അപ്രാപ്തി മനസ്സാ സഹ സർവ്വകല്പനകളും മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് കല്പനാശൂന്യമാണ് എന്താണ് കല്പനാശൂന്യം അതെങ്ങനെയായിരിക്കും ദൃഷ്ടാന്തമാണ് സുഷുപ്തി അത് കല്പനാശൂന്യമായ നിലയാണ് അതുമാത്രമേ ഉള്ളൂ അതില്ലെങ്കിൽ കൽപ്പനാശൂന്യം എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ ആയിപ്പോ എന്താ ഈ കൽപ്പനാശൂന്യം എന്ന് പറയുന്നു എന്തെങ്കിലും അർത്ഥമുണ്ടോ സുഷുപ്തിയിൽ ആ സുഷുപ്തിയെ കുറിച്ച് കൽപ്പനകളുണ്ട് അത് ജാഗ്രത അവിടെ കൽപ്പനയുണ്ട് ജാഗ്രതനെ കുറിച്ചല്ലോ പറയുന്നു സുഷുപ്തിയിൽ സുപ്ത പുരുഷന് കൽപ്പനകളൊന്നുമില്ല സ്വപ്നമോ അത് വേറെ മറ്റൊരവസ്ഥ അസുഷുതിയല്ല അതിനെ സൃഷ്ടിയെന്ന് പറയുന്നു സ്വപ്നത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ഗാഠനിദ്ര അങ്ങനെ രണ്ട് സുഷുതി ഇല്ല ഒരു സുഷുതി നിദ്ര എന്ന് പറഞ്ഞാലും മതി ഗാഠനിദ്ര എന്ന് പറയേണ്ട കാര്യമില്ല സ്വപ്നത്തിൽ നിന്ന് വേറിതിരിക്കാൻ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ സൃഷ്ടിയില് വകഭേദങ്ങളില്ല അത് ഏകമാണ് എന്താ അതിന്റെ ഏകത എന്ന് പറയുന്നത് സർവ്വകല്പനാശൂന്യം അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടല്ലോ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ അപ്പോ ആ സർവകല്പനാശൂന്യമായ അവസ്ഥയിലും ഒന്നുണ്ട് ശേഷിക്കുന്നുണ്ട് പക്ഷേ ഉണ്ടെങ്കിലും അതിന് അസ്ഥി നാസ്തി എന്ന് വ്യവഹരിക്കാൻ വയ്യും സ്വപ്തന് വ്യവഹരിക്കാൻ പറ്റുന്നുണ്ട് എന്താണ് അസ്ഥി അഹം അസ്മി നാസ്മി അഹം എന്ന് വ്യവഹരിക്കാൻ പറ്റുന്നില്ല അതാണത് സർവ്വകൽപ്പനാശൂന്യം എന്ന് പറയുന്നത് അതുകൊണ്ട് മനസ്സുകൊണ്ട് അതറിയാൻ പറ്റുമെന്ന് കരുതണ്ട അസാധ്യമല്ല പരമാർത്ഥം അത് ശ്രുതി വ്യക്തമായി പറയുന്നു കോച്ച സാക്ഷാത് അധാവേത ഇതിനാരാ സാക്ഷാത്കരിക്കുന്നത് ശ്രുതി എന്നെ ചോദിക്കുന്നു നിങ്ങൾ എന്തിനെയൊക്കെ സാക്ഷാത്കരിക്കുന്നു മനസ്സ് മനസ്സിന്റെ വിഷയങ്ങള് ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ ഇതിനെയൊക്കെ സാക്ഷാത്കരിക്കാം ഇതിനെ കഹ അദ്ധാവേദ അധാവേദ സാക്ഷാത്കരിക്കാം ഇതിനാർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റില്ല എന്റെ ഗുരുവിനെ സാക്ഷാത്കരിച്ചിരിക്കുകയാണെന്ന് പറയുന്നത് ഗുരു ഇതിനെ സാക്ഷാത്കരിച്ച് എങ്ങനെയാണ് എന്താണിത് സർവകല്പനാശൂന്യം നേതി നേതി അങ്ങനെയാണ് ഇതിനെ സാക്ഷാത്കരിച്ചതെന്ന് പറയുന്നു അല്ലാതെ ഗുരു തന്റെ കല്പനകൾക്ക് വിഷയമാക്കി എന്നല്ല പറയുന്നു തത്വമസിന്ന് പറയുന്നു തത്വം അസി എന്ന് പറയുന്നു യുന്നുണ്ടല്ലോ അതാകുന്നു അത് സാക്ഷാത്കാരം അതെ അവിടെയും എന്ത് ചെയ്യുന്നു നിഷേധമാണോ കർത്തൃത്വഭോക്തൃത്വാദികളോടുകൂടി എന്തിനാണോ താനെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനും നിഷേധിക്കുന്നതാണ് തത്വമസി അതാണോ ഏത് കല്പനാശൂന്യമായ അത് അതാണ് തത്ത്വസീദം പറയുന്നത് ചാന്തത്തിലെ തത്വമസി പ്രകരണം വായിച്ചു നോക്കണം സദേവ ആ സത്തായിരുന്നത് പരാമർശിക്കുന്നത് സ്വത്തനെ കുറിച്ചാണ് അവിടെ സത്തായിരുന്നവൻ സർവകൽപ്പനാശൂന്യനായിരുന്നവൻ അവനാണ് നീ എന്നാണ് അവിടെ ബോധിപ്പിക്കുന്നത് അതു പിന്നെ നമ്മുടെ കൽപ്പനകൾക്കനുസരിച്ച് ഈശ്വരൻ ജീവൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ഭേദങ്ങളൊക്കെ കൽപ്പിച്ചു അവിടെ ഈശ്വരന്റെ സർവജ്ഞത്വം ജീവന്റെ അത്പജ്ഞത്വവും ഇതൊക്കെ നിഷേധിച്ച് ഏകമായ തത്വമാണ് എന്നിങ്ങനെ നമ്മൾ അതിനു മനസ്സിലാക്കുന്നേ ഉള്ളൂ ഇതിനാരും സാക്ഷാത്കരിക്കുന്നില്ല സാക്ഷാത്കാരം ഇതാണ് അതിനുള്ള ഈ കല്പനകളെ നിരാകരിക്കുക ആ എപ്പോഴും എങ്ങനെയായിരിക്കും അജ്ഞാന സംശയ ഭ്രാന്തിയോട് അജ്ഞാന സംശയ ഭ്രാന്തികളെ നിരാകരിക്കുക അതാണ് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് കാരണം നേരത്തെ പറഞ്ഞു എന്താണ് മന്ദബുദ്ധിയാണ് കഥും ദർഹിത മമ ആത്മേതി വേതനം ബ്രൂഹി ശ്രുതി എന്ന് പറയുന്നു അത് എന്റെ സ്വരൂവുമായി സാക്ഷാത്കരിക്കണമെന്നും പറയുന്നു നിങ്ങൾ പറയുന്നു സാക്ഷാത്കരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇതിനാരാ സാക്ഷാത്കരിക്കുന്നു അതേ സ്ഥിതി എന്ന് പറയുന്നു മമ ആത്മീയ സ്വസ്വരൂപമായി അതിനറിയണം കീനപ്രകാരണ തമഹം മമ ആത്മീയ വിദ്യ കടനം ഏത് തരത്തിലാണ് തം ആ തത്വത്തെ പരമാത്മ തത്വത്തെ തത്വമസി എന്ന് പറഞ്ഞ തത്വത്തിന് അഹം മമാ ആത്മീയ അത് എന്റെ സ്വരൂപമാണ് എന്നെങ്ങനെ വിദ്യ വിദ്യ എങ്ങനെ അറിയും അറിയും എന്ന് ശ്രുതി പറഞ്ഞിരിക്കുകയാണ് പറയുന്നു ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമില്ല ഇത്രയും പറഞ്ഞുതരാം നിനക്കെന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് വിളി അത്ര ആഖ്യായികമാചക്ഷതേ ഒരു ലക്ഷ്യമില്ലാതെ വരുമ്പോഴാണ് കഥ പറയുന്നത് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക കഥ പറയുക എല്ലാവരും വഴിയും അതുകൊണ്ടാണ് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി കഥ ഉപമകൾ ദൃഷ്ടാന്തങ്ങൾ ആഖ്യായികൾ എല്ലാം സർവത്ര ശ്രീ പറയുന്നത് എന്താണ് മന്ദബുദ്ധിക്ക് തത്വഗ്രഹണത്തിന് വേണ്ടി അതാണ് അതിന്റെ അതിനർത്ഥവാദം എന്ന് പറയും അർത്ഥവാദം എന്ന് വെച്ചാൽ ശുദ്ധാസംബന്ധമെന്നുള്ള അർത്ഥത്തിലല്ല നിഷ്പ്രയോജനമായ കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല അർത്ഥവാദത്തിലൂടെ ഒരു കാര്യത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അർത്ഥവാദം എന്തിനു വേണ്ടി അതും തത്വബോധനത്തിന് വേണ്ടിയിട്ടാണ് നിഷ്പ്രയോജനമായൊരു കാര്യമുണ്ട് തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ അതിനർത്ഥവാദം എന്ന് എന്തുകൊണ്ട് പറയുന്നു ആ പറയുന്ന കഥയുടെ വാച്യാർത്ഥത്തിൽ താല്പര്യമില്ല അതാണ് അതിനർത്ഥവാദം എന്ന് പറയുന്നത് സപ്രജാവതിർ ആത്മനോ വപാൻ ആ പ്രജാവതി എന്ത് ചെയ്തു തന്റെ കൊടലിനെ ടുത്തു എന്ന് പറയുന്നു എന്തിനുവേണ്ടി ഹവിസായിട്ട് അർപ്പിക്കാൻ വേണ്ടി ആർക്കെങ്കിലും തന്റെ കുടലിനെ പിഴുതെടുത്ത് ഹവിസായിട്ട് അർപ്പിക്കാൻ പറ്റും പ്രജാപതി പോലും തന്റെ കുടലിനെ പിഴുതെടുത്ത് ഹോമകുണ്ഡത്തിൽ അർപ്പിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാൽ വൈദികൻ പ്രജാപതി പോലും അത് ചെയ്തെങ്കിൽ താനും ചെയ്യേണ്ടതാണല്ലോ എന്ന് കരുതി തന്റെ കുടലിനെ പിഴുതെടുത്ത് ഹവിസായി അർപ്പിക്കണമെന്നല്ല അതിന്റെ താല്പര്യം വേദത്തിന്റെ താല്പര്യം അപ്പോ പറയുന്നു അതിന്റെ ആ അർത്ഥത്തെ അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട് പക്ഷെ അർത്ഥത്തെടുക്കരുത് ഇതിനെന്താണ് യജ്ഞം അത്രയും പ്രശസ്തമായ കാര്യമാണ് അവിടെ സർവപ്രയത്നവും അതിനുവേണ്ടി ചെയ്യണം എന്ത് കഷ്ടപ്പെട്ടും യജ്ഞ നിർവഹണം അതാണ് അത് എന്തുകൊണ്ട് ആ യജ്ഞത്തിന് പറഞ്ഞിരിക്കുന്ന ആ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ പൂർണമായി സമർപ്പിച്ചാലേ പറ്റും അതിൽ വൈകുണ്യങ്ങളെ ഒന്നും സമ്പാദിക്കാതെ എന്ന് വെച്ചാൽ ന്യൂനതകളെയൊന്നും സമ്പാദിക്കാതെ ആ യജ്ഞം പൂർത്തി അതിനുവേണ്ടി യജ്ഞിക്കണം അതിനു യജ്ഞ പ്രാശസ്ത്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ അർത്ഥവാദം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണോ നമ്മളെ തട്ടിപ്പി അതിനുവേണ്ടി പറയുന്നതാണ് അസംബന്ധം പറയുന്നതൊന്നുമല്ല വച്ചാർത്ഥത്തിനുപരി അതിലൂടെ ഒരു തത്വത്തെ ബോധവികാസം വയ്ക്കുന്നു അല്ലാതെ അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അസംബന്ധം എന്നുള്ള അർത്ഥത്തിലല്ല സ്വരോധി യഥരോധി തദ്രുദ്രസ്യദ്രത്വം ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് പറയുന്നു പറയുന്ന കഥ കേട്ടാ സംബന്ധം തോന്നുന്നു മാച്ചർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമോന്ന് തോന്നുന്നു പക്ഷേ എന്താണ് എന്റെ താല്പര്യം ആ ഈ യാഗത്തിൽ രജതം ദാനം ചെയ്യരുത് എന്ന് പറയും അത് എന്തുവരും യാഗത്തിൽ ന്യൂനതയുണ്ടാക്കും അവിടെയൊക്കെ എന്താണ് ഓരോ ഗുണപാഠങ്ങളാണ് തത്വത്തെ ബോധിപ്പിക്കുകയാണ് സർവത്ര അർത്ഥവാദങ്ങൾ തത്വബോധനത്തിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല കൊതാ സംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല അവര് ഭാഷകാരൻ ഇവിടെ ആഖ്യായകയെ പറയും അർത്ഥവാദ രൂപത്തിലാണെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം ഒരു തത്വത്തെ ബോധിപ്പിക്കുന്നു എന്ത് തത്വം ബോധിപ്പിക്കുന്നത് കശ്യത് കിതാ മുക്ധ കൈശദുക്ത കച്ചിത് അപരാധി സതി മനുഷ്യ സുഗതയാത്മനോ മനുഷ്യം പ്രത്യാദം കച്ചിതുപേത്യാഹ്രവീത് ഭവൻ കോഹമസ്മീതി സാഗ്ധത കണ ബോധയിഷ്യമീതി ആത്മഭാവം അപോഹ്യ ന്ഷ്യുക് ഉപരരാമ സതം മും ബോധയിം പ്രവൃത്തം വച്ചനുഷ്യുക്നുഷ്യമാത്മനോ നനുഷ്യോ അസീ മനുഷ്യേതാണ് കഥ മനസ്സിലായില്ലെന്ന് വിശ്വസിക്കുന്നു കശിത്കില മനുഷ്യ ഒരു മനുഷ്യൻ അവനെന്താണ് അവന്റെ യോഗ്യത മുഗ്ധിഡ് മൂഢനെന്ന് പറഞ്ഞാലും പോരാ പരമവിഡ്ഠി എന്ന് പറയും അവനോട് കൈശി ദുക്ത ഏതോ ഒരുവൻ പറഞ്ഞു കസ്മിൻ്റെ അപരാധി സ്ഥിതി അവനൊരു ജോലി ചെയ്യാനർപ്പിച്ചു അവനെല്ലാം തലതിരിച്ചു പറഞ്ഞതുപോലെയല്ല ചെയ്തത് ഏൽപ്പിച്ചുകൊണ്ട് ദേഷ്യം കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞതുപോലെ ചെയ്തുമില്ല അവന് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല ആകെ നശിപ്പിച്ചു അവൻ പറഞ്ഞു നാശം നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ ഉദ്ദേശ രീതിയിൽ ഒരാൾ കാര്യം ചെയ്യലെങ്കിൽ പറയും യുദ്ധിക് നാശം സോ നാസി മനുഷ്യ നീ മനുഷ്യനാണോ എന്ന് ചോദിക്കാറില്ലേ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് നാസി മനുഷ്യൻ നീ മനുഷ്യനല്ല എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ ചോദിക്കുന്നത് നീ മനുഷ്യനാണോ ഇവൻ ചെയ്ത ഈ അപരാധം കണ്ടിട്ട് പറഞ്ഞു നീ മനുഷ്യനല്ല ചിലപ്പോൾ പോത്തെന്നോ പന്നിയെന്നോ ഒക്കെ പറഞ്ഞിരിക്കും നാസി മനുഷ്യന്ന് ഈ പറഞ്ഞു നീ മനുഷ്യനല്ല എന്നു ഒരുപക്ഷെ എരുമയെന്നോ പോത്തെന്നോ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ ഇവന് വലിയ വ്യസനമുണ്ടായി സുഗ്ധയാ ആത്മനും മനുഷ്യത്വവും പ്രത്യായയിലും കഞ്ചി തുപേത്യാഹ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു ഇത്രയും വലിയ അബദ്ധം കാണിച്ചു മറ്റവൻ പോത്തേന്ന് വിളിച്ചു എന്തായാലും ഇവൻ ഒരു പോത്താണല്ലോ മുഗ്ധതയാ അവന്റെ ആ ബുദ്ധിമോശം ആത്മനോ മനുഷ്യത്വം പ്രത്യായതും അവനും ഒരു ചെറിയ സംശയം ഉണ്ടായി ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലേ ഞാൻ തീരെ മണ്ഡനാണോ ഞാൻ പോത്തോ പന്നിയോ പോലെയൊക്കെയാണോ അല്ലെങ്കിൽ അതാണോ കാരണം മനുഷ്യന്റെ ബുദ്ധിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അല്പനേരത്തേക്കെങ്കിലും അവൻ്റെ മൂഢത ഉണ്ട് അവൻ താൻ മനുഷ്യനാണെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി മനുഷ്യത്വം പ്രത്യായിതും കഞ്ചിതുപരിത്യാഹ വേറൊരാളെ സമീപിച്ച് ചോദിച്ചു അത് സാധാരണ നടക്കുന്ന കാര്യവും ഒരാള് പറഞ്ഞു വേറൊരാളിനോട് ഗുരു അല്ലെങ്കിൽ ശിഷ്യനോട് പറഞ്ഞു നീ ഒരു ചതിയനാണ് ശിഷ്യനത് കേട്ടിട്ടുടനെ അടുത്ത ആണ്ടിടത്തിനു ചോദിക്കും ഞാനൊരു ചതിയനാണോ സംശയം തീർക്കണം കാരണം തനിക്കും സംശയമായി താൻ ചെറിയനാണോ അല്ലെങ്കിൽ ഗുരു ശിഷ്യനോ നീയൊരു മൂഢനാണോ ഉടനെ ചെന്ന് അടുത്ത ആളിനോട് ചോദിക്കും ഞാനൊരു മൂഢനാണോ ഇതുപോലെ കൊള്ളരുതാത്തവനാണ് വിവരമില്ലാത്തവനാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെന്ന് അടുത്തൊരാളിനോട് അതൊന്നുകൂടെ സംശയം തീർത്ത് ഉറപ്പിക്കും അത് ശരിയാണോ സാധാരണ ചെയ്യാറുള്ള കാര്യമാണ് അത്രയ്യാലും ചെയ്തത് അവിഞ്ഞ അപരാധമൊന്നും ചെയ്തില്ല വേറെ ആളോട് എന്ന് ചോദിച്ചു എന്താണോ അങ്ങനെ പറഞ്ഞല്ലോ അതൊക്കെ ശരിയാണോ എന്നെ എരുമയെന്നും പോത്തൊന്നും പന്നിയെന്നും ഒക്കെ വിളിച്ചതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു ബർവീത് ഭവാൻ കോഹമസ്മീരി ഗുരു എങ്ങനെയൊക്കെ പറഞ്ഞു ഇതൊക്കെ ശരിയാണോ ഒന്ന് വ്യക്തമാക്കി തരണം ബർവീദ് ഭവാൻ കോഹമസ്മി ഞാൻ ആരാണെന്നൊന്ന് വ്യക്തമാക്കി തരണം അല്ലെങ്കിൽ നമ്മൾ വേറെ ആളു പോയി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു മന്ദനാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പോയി ഞാൻ മന്ദനെന്ന് പറഞ്ഞിരിക്കുന്നു എന്താ കാര്യം ഇങ്ങനെ ചോദിക്കണമെങ്കിൽ എന്താണ് കുറച്ച് മന്ദതയുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമേ വരത്തില്ല അതുകൊണ്ട് ഇയാളും പോയി വേറൊരാളെ സമീപിച്ചു ആ ഗുരുവിനെ വിട്ടിട്ട് വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ മറ്റേ ഗുരു പറഞ്ഞത് ശരിയാണോ എന്നെക്കുറിച്ച് വേണ്ട അധീനങ്ങളെല്ലാം പഴയ ഗുരു പറഞ്ഞിരിക്കുകയും അതൊക്കെ ശരിയാണോ ഗുരു എന്ന് സെക്കൻഡ് ഗുരുവിന്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ അതുപോലെ പരവീത് ഭവാൻ കോഹം സ്മീതി അങ്ങ് വിവരമുള്ള ആളാണ് ഭഗവാനാണ് ബോധ്യപ്പെടുത്തി തരുക ഞാൻ പോത്താണോ പന്നിയാണോ സതസ്യമുഗ്ധ തീരണ്ടാമത്തെ ഗുരുവിനും പിടിയിട്ട് ഇവനെ ബോധിപ്പിക്കാൻ എളുപ്പമുള്ള പക്ഷെ നിരാശപ്പെടുത്താനും പാടില്ലല്ലോ സത്യസി മുഗ്ധതാം ഞാത്ത അവൻ്റെ ഈ വിവരക്കെടുത്ത് മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ ഗുരു പറഞ്ഞ എന്താണ് ക്രമേണ ബോധയിശ്യാമിയ അത് നിനക്ക് കാലക്രമേണ മനസ്സിലായിക്കൊള്ളു പെട്ടെന്ന് അങ്ങോട്ട് പറയാണ് നീ പോത്തല്ലെന്ന് പറഞ്ഞാൽ അത് അസത്യമായി പോകും പോത്താണെന്ന് പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യും പിന്നെന്താ വഴി ക്രമേണ ബോധയിഷ്യാമിയ നീ കുറച്ചു കാരണം ഇവിടെ കൂടെ താമസിക്കും അവിടെ കഴിഞ്ഞില്ലേ നാലഞ്ചു പേരുടെ എവിടെയും കഴി നിനക്ക് കുറച്ച് പൊളി ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് സാധനം നടക്കുന്ന കാര്യമാണ് ക്രമേണ ബോധ വിഷയാമി ഇങ്ങനെ പറയാൻ പറ്റൂ ഗുരുക്കന്മാർ അല്ലാതെ പെട്ടൊന്നും കണ്ടല്ലണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നേരത്തെ പറഞ്ഞ അപായ സംഭവിക്കും അതുകൊണ്ട് പറഞ്ഞു ക്രമേണ ബോധേഷ്യാമി എന്നിട്ട് പിന്നെ എന്താ പറയുന്നത് സ്ഥാവരാദി ആത്മഭാവം അപ്പോഹ്യ എന്നത്വം അമനുഷ്യുക്ത ഉപരാണ് എന്റെ അവനോട് പറയുന്നു സാവനഗതി എന്ത് പറയും ആദ്യത്തെ ഗുരു ഇങ്ങനെ പറഞ്ഞു നീ കൊള്ളരുതാത്തവനാണ് ആശ്രമത്തിൽ നിന്ന് നിർത്താൻ കൊള്ളത്തില്ല നിന്നുകഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടെ ദൂഷിക്കും എന്നെ നാം പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ പറഞ്ഞടുത്ത ഗുരുവിന്റെ അടുത്തേന്ന് ഗുരു എന്താ പറയുന്നു സാറിന് പറഞ്ഞു അത്രത്തോളം മോശക്കാരനൊന്നുമല്ല കുറച്ചൊക്കെ ദോഷങ്ങൾ എല്ലാവരിലും കാണും അതൊക്കെ നമുക്ക് കാലക്രമേണ പരിഹരിക്കാമെന്നുള്ളതേ ഉള്ളൂ അതായത് പറഞ്ഞതുപോലെ അത്ര വലിയ വിശകൊന്നുമല്ല എന്നല്ലേ പറയൂ അല്ല മറിച്ച് ആ ഒരു പ്രശ്നമുണ്ട് നീ പരമയോഗ്യനാണെന്ന് പറയാൻ പറ്റൂ അത് പറയാൻ പറ്റത്തില്ല അസത്യമായിക്കോളും അല്ല ഇനി നിനക്ക് യാതൊരു ദോഷവും ഇല്ല അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല മദുഷ്ടനാണെന്ന് പറഞ്ഞു പറഞ്ഞു അവൻ ഉടൻ തന്നെ അവിടെനിന്നിറങ്ങി പിന്നെ മൂന്നാമത്തെ ഗുരുവിന്റെ അടുത്ത് പോകും അതുകൊണ്ടെന്തു പറഞ്ഞു ഇവിടെ എന്തു പറഞ്ഞു സ്ഥാവരാദി ആത്മഭാവം നേരത്തെ പറഞ്ഞല്ലോ പന്നി കോത്ത് എരുമ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല നീ എന്നും അമനുഷ്യ നീ അമനുഷ്യൻ അല്ല എന്ന് പറഞ്ഞു അങ്ങനീ പന്നിയല്ല പോത്തല്ല എരുമയല്ല പിന്നെ എന്താണെന്ന് പറഞ്ഞില്ല എന്ന അമനുഷ്യാന്ന് പറഞ്ഞ എന്താ അർത്ഥം അമനുഷ്യൻ അല്ല എന്ന് പറഞ്ഞ മനുഷ്യനാണെന്നല്ലോ എന്നോ എന്നാ അതല്ലേ ഈ ഗുരുക്കന്മാരാണ് വളരെ തന്ത്രശാലികളാണ് പറഞ്ഞു ഇന്നത്വം അമനുഷ്യ എന്ന് പറഞ്ഞു നീ അമനുഷ്യൻ അല്ല വ്യക്തിത്വപരാണ് ഇത്രയും പറഞ്ഞിട്ട് പിന്നൊന്നും പറഞ്ഞില്ല കാരണം ക്രമേണ ബോധിക്കുമെന്നല്ലേ പറഞ്ഞത് പെട്ടെന്ന് എങ്ങനെ ബോധിപ്പിക്കും ബോധിപ്പിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇത്രേം പറഞ്ഞു നാശം നീ മനുഷ്യനല്ല എന്ന് പറഞ്ഞു അതാണ് ആദ്യത്തെ ഗുരു പറഞ്ഞത് രണ്ടാമത്തെ ഗുരു എന്താണ് പറഞ്ഞത് നീ അമനുഷ്യൻ അല്ല ഇത്രയും പറഞ്ഞു ആ മനുഷ്യൻ വെച്ചാൽ മനുഷ്യനല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ പോത്തോ എരുമോ എന്തെങ്കിലും അതല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും എന്തായി മനുഷ്യനായി എന്നാ പിന്നെ നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മനുഷ്യനാണോ അത് ശരിയാകത്തില്ല സത് മുധ പ്രത്യാഹ പിടിയിട്ടില്ല എന്താ ഈ പറയുന്നത് ഗുരു പറഞ്ഞു പോത്ത് രണ്ടാമത്തെ ഗുരു പറയുന്നു പന്നിയല്ല ഇന്ന് എന്താ മനസ്സിലാക്കേണ്ടത് സത് മുദ്ധ ആ മുഗ്ധൻ മൂഢൻ പ്രത്യാഹം വീണ്ടും ചോദിക്കുകയാണ് ഭവാന് മാം ബോധയിതും പ്രവൃത്ത എന്തായാലും അങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങി എന്താ പറഞ്ഞത് നിനക്ക് ക്രമേണ മനസ്സിലാകും നീ ആ മനുഷ്യനല്ല ഇത്രേ പറഞ്ഞോളൂ തൂഷണിയും ബബുവ ഇപ്പോഴൊന്നും മിണ്ടുന്നില്ലല്ലോ ഇത്രയും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് തെളിച്ചു പറയണ ഞാൻ രക്ഷപ്പെടുമോ എന്തായോ അവിടെ പോയിട്ട് രക്ഷപ്പെട്ടില്ല ഇവിടെയെങ്കിലും രക്ഷപ്പെടുകയില്ല ഇതാ എനിക്കറിയോ തൂഷ്ണീം ബഹു അങ്ങുമുണ്ടായിരിക്കുന്നല്ലോ ഇത്രയും പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു നിനക്ക് ക്രമേണ ബോധ്യമാകും രണ്ടാമെന്ന് പറഞ്ഞു ആ മനുഷ്യൻ അല്ല ആദ്യത്തെ എന്താണോ നിന്നോട് പറഞ്ഞത് അതൊന്നും അല്ല പിന്നെ കിംനബോധയരി എന്താ അങ്ങ് ഇത് ഒന്നും വ്യക്തമാക്കി തരാത്തത് ഞാൻ മനുഷ്യനാണെന്ന് എന്തുകൊണ്ട് ബോധിപ്പിക്കുന്നില്ല അതാണ് ഇവിടുത്തെ മൂഢന്റെ ചോദ്യം ഗുരു നേരിട്ട് പറയുന്നില്ല ഇതുപോലെയാണ് താതരയേവ തത് ഭവതോ വചനോ ഇതുപോലെയാണ് വേദം പറയുന്നത് ഇതുപോലെയൊക്കെയാണ് വേദവും ചില തന്ത്രങ്ങളൊക്കെ പോയി ആരുടെ ആ മൂഢനോട് മറിച്ച് ബോധമുള്ളവനോടാണെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ മറിച്ച് ൂഢനോട് പറഞ്ഞ ശരിയാവത്തില്ല എന്തുകൊണ്ട് നാസി അമനുഷ്യഉക്തേവി മനുഷ്യത്വം ആത്മനോന പ്രതിബദ്ധ്യത അതായത് ഇവനോടെന്താ പറഞ്ഞത് നാസി അമനുഷ്യ നീ അമനുഷ്യനല്ല ഇത്രയും പറഞ്ഞല്ലോ ഇത്യുക്തേവി എന്ന് പറഞ്ഞിട്ടും മനുഷ്യത്വം ആത്മനോനാ പ്രതിബദ്ധ്യത താൻ മനുഷ്യനാണെന്ന് അവന് ബോധ്യം വേദന വീണ്ടും ചോദ്യവുമായിട്ടേക്കുന്നു അവസാനം വരെ നമ്മൾ ചോദ്യവുമായിട്ട് ഗുരുവിന്റെ പിറകെ കൂടിയിരിക്കുകയാണ് എത്ര കാലമായിട്ട് എന്താണെന്നുള്ളത് ഉപദേശിക്കേണ്ട ഒക്കെ ആദ്യം തന്നെ ഉപദേശിച്ചു കഴിഞ്ഞു തുടക്കത്തിൽ തന്നെ ആ ഉപദേശം കേട്ടിട്ടും വീണ്ടും എന്തെയ്യുന്നു നിരന്തരം ചോദ്യവുമായിട്ട് പോവുകയാണ് അസ്യമനുഷേവി ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു കണ്ടപ്പോ തന്നെ പറഞ്ഞു അതുകൊണ്ട് പ്രശ്നം ഉള്ളതാണ് നാസ്യമനുഷഹ നീ അമനുഷ്യനല്ല പക്ഷേ മനുഷ്യത്വം ആത്മനു എന്ന പ്രതിബദ്ധ്യത അവന് കാര്യം പിടിയിട്ടുന്നില്ല ആരുടെ ദോഷം അവന്റെ അവസ്ഥക്കനുസരിച്ച് എല്ലാം ഉപദേശം കൊടുക്കാൻ പറ്റും എന്തായാലും മനുഷ്യത്വം ആത്മനു എന്ന പ്രതിബദ്ധ്യത തന്റെ ആ മനുഷ്യഭാവം അവൻ മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള ഒരു വൻ യഹസ കഥ മനുഷ്യോ അസീത്യുക്തി മനുഷ്യത്വം ആത്മന പ്രതിബദ്ധ്യത അവനോട് നേരിട്ട് നീ മനുഷ്യനാണെന്ന് പറഞ്ഞാലും എന്താ കഥ എന്താ വിശേഷം അവൻ എങ്ങനെ ഇത് മനസ്സിലാക്കും അതാണ് സകഥ മനുഷ്യോ അസീത്യുക്തോപി നീ മനുഷ്യനാണെന്ന് പറഞ്ഞാലും ആത്മന മനുഷ്യത്വം കഥ പ്രതിബദ്ധിയതാണ് അവൻ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും മനുഷ്യനാണ് ഗുരു അവന്റെ നിലക്കനുസരിച്ച് ഇവന്റെ മുഗ്ധതയെ മനസ്സിലാക്കി അവനോട് പറയാവെന്നുള്ളതിന്റെ പരമാവധി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു നത്വം അമനുഷ്യ ഇത്രയും പറഞ്ഞു ഇത് പറഞ്ഞാൽ എന്താ അവൻ മനസ്സിലാക്കേണ്ടത് മനുഷ്യനാണ് അത് ബോധിക്കാത്തവനോട് നേരിട്ട് നീ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഇത് കഥ അവനൊന്നും ബോധിക്കത്തില്ല അതാണ് ശ്രുതി നേരിട്ട് നേതി നേതി എന്ന് പറഞ്ഞാലും അവന് ബോധിക്കുന്നില്ല അവനോട് നീ വേറെ പറഞ്ഞാലും എങ്ങനെയാ ബോധിക്കുന്നത് അവനോട് നീ സച്ചിദാനന്ദവണെന്ന് പറഞ്ഞാൽ ബോധിക്കും എന്ന് പറഞ്ഞാലും ബോധിക്കത്തില്ല എത്ര തവണ ഇത് കേട്ടിരിക്കുന്നു എത്ര തവണ അഹം ബ്രഹ്മാസ്മി അഹമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി മഹാവാക്യങ്ങളെല്ലാം എത്രയേതവണ കേട്ടു എന്തെങ്കിലും വിശേഷം ഉണ്ടായോ ഇനി അവനോട് എങ്ങനെ ബോധിപ്പിച്ചാലും ബോധിക്കത്തില്ല എത്ര ഗുരുക്കന്മാരും മാറി മാറി പരീക്ഷിച്ചാലും കഥയൊന്നും എന്തുകൊണ്ട് അടിസ്ഥാനപരമായി അവന്റെ മുഗ്ധത മൂഢത അതവിടെയിരിക്കുന്നു അതുകൊണ്ട് പരമാവധി എങ്ങനെ ഇത് ബോധിപ്പിക്കാമോ അതുപോലെയാണ് താതൃകേവ തദ്ഭഗവത വചനം വേദ ഭഗവാൻ അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത് ഇതാണ് സത്യം പക്ഷെ മനസ്സിലാകുന്നത് എന്ത് ചെയ്യാൻ അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നുണ്ടല്ലോ മമാ മേത് വിദ്യ എന്നൊക്കെ ശ്രുതി ഇതാണ് ചോദിച്ചത് ശ്രുതി ഇങ്ങനെ പറയുന്നു എന്റെ ആത്മാവായി സാക്ഷാത്കരിക്കണം പിന്നീട് പറയുന്നു ഓ അദ്ധാവേദ ഇതിനാല് സാക്ഷാത്കരിക്കും ഇതെല്ലാം ഇവന്റെ മൂഢബുദ്ധിയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നു വീണ്ടും അവൻ ചോദിക്കുന്നു എന്തുകൊണ്ടാകും പരമാർത്ഥത്തെ എന്നെ ബോധിപ്പിക്കാറുണ്ട് ഇതിങ്ങനെ ചോദിക്കുന്നത് എന്താ ഇതിന് പരിഹാരം അവൻ്റെ കൂടെ പറയുന്നു എന്താണോ അപരോക്ഷതയ വസ്തുനി വിപരീണ ഗ്രഹീത വ്യാഖ്യാനമാണ് വി അത് വിശദീകരിക്കുകയാണ് ഒരു കാര്യത്തെ നമ്മൾ പ്രത്യക്ഷമായി കാണുമ്പോ അതിനെ നമ്മുടെ ഭ്രാന്തി കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമോച്ചം കൊണ്ട് വിപരീതമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുന്നത് വിപരീയ നിരാശ മാത്രേ യത്നക്കാര്യവും ഭാഷകാലം പറയുന്നത് താല്പര്യമാണ് ആ ഭ്രാന്തിയെ നിരാകരിക്കുന്നതിനുള്ള പരിസരം മാത്രം മാത്രമേ ഒരാൾക്ക് ചെയ്യാൻ പറ്റൂ വാസ്തവത്തിൽ കാര്യം എന്റെ മുമ്പിൽ ഇരിക്കുന്നത് പുസ്തകമാണ് ഞാൻ നേരിട്ട് കാണുകയാണ് പക്ഷെ എന്തോ എന്റെ കണ്ണിൻ്റെ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ കുറവുണ്ടോ ഞാനിതൊരു വെളുത്ത തുണി മുടക്കി വെച്ചിരിക്കുകയാണെന്ന് ധരിച്ചു അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ വിപരിയണ ഗ്രഹീലേ വിപരീയ നിരാശ മാത്രമേ യത്നക്കായി മറ്റൊരാൾക്ക് എനിക്ക് വേണ്ടി ചെയ്യാന്നുള്ളത് എന്താണ് എന്റെയും ഭ്രാന്തിയെ മാറ്റം ബോധിപ്പിക്കുക അവിടെ പ്രകാശം കുറവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ ദോഷമാണ് അത് വാസ്തവത്തിൽ വസ്ത്രമല്ല തുണി തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളിലൂടെ ആ ഭ്രാന്തിയെ നിരാകരിക്കുക അത്രയുള്ളൂ നതു സ്വരൂപ ബോധ്യേ അല്ലാതെ ഇതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി വേറൊരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തു ചെയ്യാൻ പറ്റും ഞാൻ അയലോട് പറയണതാ എന്റെ മുമ്പിൽ ഒരു വസ്ത്രമായിരിക്കുന്നു ഇത് പുസ്തകമാണെന്നുള്ള ബോധം എനിക്കാ ഉണ്ടാവേണ്ടത് കേൾക്കുന്നവന് എന്റെ ഭ്രാന്തിയെ മാറ്റുക എന്നുള്ളാതെ ഈ വസുവിനെ കുറിച്ചുള്ള ബോധം എന്നിൽ ഉണ്ടാക്കാൻ ആർക്കും കഴിയത്തില്ല സ്വരൂപ ബോധേ സ്വരൂപ ബോധത്തിൽ ഗുരുവിന് ചെയ്യാവുന്ന എന്തു മാത്രം കേവലം ആ ഭ്രാന്തിയെ നിരാകരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുക ബോധിക്കേണ്ട ഒരാ അവൻ തന്നെയാണ് ആത്മബോധത്തെ ആർക്കും കൊടുക്കാനും വാങ്ങാനും ഒന്നും പറ്റില്ല എന്ന് പറയും ഗുരു ശിഷ്യനിങ്ങോട്ട് എടുത്തുകൊടുക്കും അപ്പൊ ഗുരു ഇങ്ങനെ രണ്ടു കയ്യിൽ നീട്ടി വാങ്ങും ഇല്ല യത്ന എന്ന കാര്യവും സ്വരൂപബോധം സ്വരൂപബോധത്തിൽ രണ്ടാമതൊരാൾക്ക് യത്നിക്കാൻ സാധ്യമല്ല എന്റെ ഗുരുവിന്റെ ഉപദേശം എന്നാൽ ഈ ഭ്രാന്തി വിപരീതങ്ങളെ നിരാഹിക്കുന്ന നിരാശത്തിനു വേണ്ടി മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഇത്രയും കാലം ഉപദേശിച്ചു എനിക്ക് സ്വരൂപബോധം ഉണ്ടായില്ലോ തസ്യ സ്വയമേവ പ്രതീദേഹം പറയുന്നു ആ സ്വരൂപബോധം സ്വയം പ്രതീതമാകുന്നതാണ് ആത്മസാക്ഷാത്കാരമെന്ന് പറയുന്നത് സ്വ അനുഭവമാണ് സ്വ സാക്ഷാത്കാരമാണ് ആ സാക്ഷാത്കാരം മറ്റൊരാള് ബോധിപ്പിക്കുന്നതല്ല ഇന്നതാണ് സ്വയം ബോധിക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് പറഞ്ഞതുപോലെ മനസ്സിലാക്കണം നേരി നേരി ബാധാവധിയായി ശേഷിക്കുന്നതാണ് തഥാപി ചെയ്യുന്ന ബോധ്യം ശക്തനവധി ഇത്രയും ബോധിപ്പിച്ചിട്ടും ബോധിക്കുന്നില്ല ഗുരുതന്റെ സർവ്വ അഭ്യാസങ്ങളും പ്രയോഗിച്ച ശേഷിയുണ്ട് സ്വരൂപബോധം ഉണ്ടാകുന്നില്ല അതൊഴികെ ബാക്കിയെല്ലാ ബോധവും ഉണ്ടായി അങ്ങനെയാണെങ്കിലോ തർഹി അതിമൂഢത്വാ ഉപദേശ അനർഹൈവ സിനി ദൈവജീത് അവനെ ഉപദേശിക്കരുതെന്നാണ് നിർത്തുക അതിമൂഢത്വാ അതിമൂഢനാണ് ഇവന്റെ രോഗത്തിന് വേറെ എന്തെങ്കിലും മരുന്ന് ഉപദേശ അനർഹ ഉപദേശത്തിന് അവൻ അർഹനല്ല നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല പരമാർത്ഥം പറ നിരാശപ്പെടേണ്ട കാര്യമില്ല അതിമൂഢനാണെങ്കിൽ പിന്നെ ഉപദേശിച്ചിട്ടൊന്നും കാര്യങ്ങളില്ല അതിമൂഢന്മാർക്ക് രക്ഷയില്ലേ ഉണ്ട് വേറെ വഴികളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ചെയ്യുക ആദ്യ മൂഢതയെ മാറ്റിട്ട് കുറച്ച് അതിനുള്ള ഉപദേശങ്ങളായിരിക്കും ഒരു കൊടുക്കുന്നത് പക്ഷേ അതവൻ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നൊരു ഉണ്ട് അതിമൂഢനും ജ്ഞാനീ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പ്രകൃതിയിലൊക്കെ ഒരുപോലെ കാഴ്ച ഒരുപോലെ തന്നെ അതിമൂഢനും നിശ്ചിന്തനാണ് തത്വജ്ഞാനീ നിശ്ചിന്തനാണ് ഇങ്ങനെ ചില സമാനതകൾ അവരിൽ കാണും അതിമൂഢനെ സംബന്ധിച്ച് വ്യാകുലതകളൊന്നുമില്ല അവനും ഭൂതഭാവികളെ കുറിച്ചൊന്നും അവന് ഇഹലോക അല്ലാതെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അറിയില്ല തത്വജ്ഞാനിക്കും അതുപോലെ ഭൂതഭാവിയെ കുറിച്ചുള്ള ചിന്തയില്ല വ്യാകുലതകളില്ല അതുകൊണ്ട് ചിലപ്പോൾ അവൻ എന്ത് വിചാരിക്കും ഞാനും തത്വജ്ഞാനിയാണ് എന്ന് വിചാരിച്ചൊക്കെ അംഗീകരിക്കും പക്ഷെ അവൻ എന്താണോ ആ തത്വബോധം സ്വയമേവ പ്രതീതി സ്വയമായി അത് പ്രകാശിക്കുന്നില്ല അവന് തത്വ ഉപദേശത്തിനർഹനല്ലാണ് ഉപദേശാൻ അർഹ ഒരു ഉപദേശത്തിനർ അർഹനല്ല എന്നല്ല അവന് വേണ്ട കാര്യങ്ങൾ അവനെ പറ്റിയ കാര്യങ്ങളൊക്കെ അവനോട് ഉപദേശിച്ചുകൊടുക്കും തത്വോപദേശം കൊണ്ട് പ്രയോജനമില്ല ഒരുപാട് അലക്കിയാലും വിളത്തില്ലെങ്കിൽ പിന്നെ അലക്കം പോയാൽ തുണി കരിപ്പും അങ്ങനെയുണ്ട് അതുപോലെയാണ് ഒരുപാട് ഉപദേശവും തത്വോപദേശം പ്രയോജനമില്ലെന്നാണ് ഏവ സാഹിത്യർത്ഥ ഇത് ഞാൻ വായിച്ചിട്ട് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ആക്ഷേപിക്കാൻ പറഞ്ഞു എന്നൊക്കെ ഇതെല്ലാം എൻ്റെ കല്പന പറയണമെന്ന് പറയുന്നത് വായിച്ചു പറയുന്നത് അതുകൊണ്ട് ഈ കഥ പറയുന്നതിന് താല്പര്യം ഇതാണ് ഇത് എല്ലാ രീതിയിലും പറഞ്ഞിട്ടുണ്ട് കോത ഇതിലാരും സാക്ഷാത്കരിക്കും മറിച്ചും പറഞ്ഞു എന്താണ് മമ ആത്മീയത വിദ്യ ആ തത്വത്തെ സുസുരവുമായി സാക്ഷാത്കരിക്കണം ഇതിനൊന്നും വൈരുദ്ധ്യത്തെ കാണരുത് വൈരുദ്ധ്യം തോന്നുന്നുണ്ടെങ്കിൽ അതതിന്റെ പ്രതീയമാനമായ അർത്ഥം വിവക്ഷിതമായ അർത്ഥത്തെ താല്പര്യത്തെ ഇനി കണ്ടുപിടിക്കണം താല്പര്യം ബോധിക്കുന്നില്ലെങ്കിലോ ഗുരു ഇതാണ് താല്പര്യം എന്ന് പറയുന്നത് ശേഷം പറയുന്നത് ഗുരു പറയുന്നതാണ് താല്പര്യം എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നാൽ ഉപദേശം അവിടെ നിർത്തുക അവൻ അതിമൂഢനാണ് അവനോട് ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല ഗുരു സ്വയം തടിയെ രക്ഷിച്ചോളുക അതുകൊണ്ട് പറയുന്നത് എന്താണ് അപരോക്ഷമായി ഗ്രഹിക്കുന്ന ഒന്നിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഭ്രാന്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭ്രാന്തിയെ നിരാകരിച്ചാൽ മാത്രം മതി അപരോഷതയെ ബോധിപ്പിക്കാൻ സാധ്യമല്ല അതിനൊരു വഴിയില്ല എന്തുകൊണ്ടത് സ്വയം പ്രകാശിക്കുന്നതാണ് ആത്മതത്വത്തെ സംബന്ധിച്ചോ അങ്ങനെ ആത്മതത്വത്തെ സംബന്ധിച്ച് അഹംബ്രഹ്മാസ്മിയുന്നു നേരെ നേരിയുന്നു എന്തു പറഞ്ഞാലും രണ്ടിനെയും താല്പര്യമെന്നു ഞാൻ കടത്താവാണ് ഭോക്താവാണ് ശരീരമാണ് ഈ ബോധത്തെ നിഷേധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എല്ലാ അഹം ബ്രഹ്മാസമി എന്ന് പറഞ്ഞു അത് തന്നെയാണ് പറയുന്നത് നേതി നേതി പറയുന്നു അതല്ലാതെ നമ്മളുടെ ഭാവനയിലുള്ള സങ്കല്പത്തിലുള്ള എന്തെങ്കിലും പ്രത്യേക അനുഭൂതികൾ ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുന്നതല്ല എന്തുകൊണ്ട് അത് സ്വയം പ്രതീതമാകുന്നതാണ് ഉപദേശം കൊണ്ട് വന്നുചേരുന്ന ഒന്നും അല്ല ഉപദേശം ഇതെല്ലാം നിഷേധിക്കുന്നതിനും ഉപകരിക്കത്തുള്ളൂ അത് നിത്യ അപരൂക്ഷമാണ് സ്വയം പ്രകാശിക്കുന്നതാണ് അവിടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളും നടക്കത്തില്ല തസ്മാ യഥാശാസ്ത്ര ഉപദേശോധ വിധർ നാന്യ അതുകൊണ്ട് ഈ ആത്മസാക്ഷാത്കാരത് ആത്മ അവബോധവിധി എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാശാസ്ത്രോപദേശ ഏവ ഇവിടെ ഈ ശാസ്ത്രത്തിൽ എങ്ങനെയാണോ വിശദീകരിച്ചിരിക്കുന്ന ആ രീതിയിലാണ് അതിനു മനസ്സിലാക്കേണ്ടത് ഇത് വിട്ടിട്ട് നമ്മുടെ എന്തെങ്കിലും കല്പനയോ ഭാവനയോ ആത്മജ്ഞാനത്തെ ധരിച്ചു കളയരുതെന്ന നടക്കും മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരുപാട് കല്പനകളുണ്ട് ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് ആത്മാനുഭൂതിയെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ പ്രതീക്ഷകള് ഭാവനകൾ ആകാംക്ഷകള് ആഗ്രഹങ്ങള് ഇതൊക്കെ വ്യർത്ഥമാണ് ഇതൊന്നുമല്ല യഥാശാസ്ത്ര ഉപദേശിച്ചു എങ്ങനെയാണോ ഇവിടെ ശാസ്ത്രം എന്നു പറഞ്ഞാൽ ശ്രുതി അങ്ങനെ നാനാവാക്യങ്ങളെ കൊണ്ട് എങ്ങനെയാണോ അതിനെ ബോധിപ്പിച്ചത് അതാണ് ആത്മാവബോധം നിശ്ചാ <shroud>